പിത്രം പാർഥി ലോകൃശ്യ മാനസ പ്രത്യം മാത്രാണ് ഇതി പറഞ്ഞ കാര്യത്തിൽ ഭാഷ്യകാരന്റെ സ്വന്തം നിലക്കുള്ള ഒരു വിചാരമാണ് അതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് എല്ലാവർക്കും തോന്നുന്ന സംശയമാണ് ബ്രാഹ്മലോക ഇവിടെ ബ്രഹ്മലോകത്തെ കുറിച്ച് പറഞ്ഞ പറഞ്ഞാൽ അവിടെ ഒരു വലിയ സമുദ്രമുണ്ട് നിശ്ച അർണവു ബ്രഹ്മലോകെ എന്ന് പറഞ്ഞു അത് പറഞ്ഞൈര് മതീയം മത്തുപിടിപ്പിക്കുന്ന ഒരു സരസ്സുണ്ട് അശ്വത്ഥമുണ്ട് സോമവനമുണ്ട് അപരാജിത ഒരു വലിയൊരു നഗരിയുണ്ട് ബ്രഹ്മലോകത്തിൽ ഇവിടെ ഭൂമിയിൽ ഈ ജീവനിരുന്ന് ഉപാസന ചെയ്തിട്ട് ഉപാസനയുടെ ഫലമായി എത്തിച്ചേരുന്ന ഇതെല്ലാം ബ്രാഹ്മലൗക ബ്രഹ്മലോകത്തിലുള്ള ഇതെല്ലാം ഈ സരസം മറ്റും അതുപോലെ തന്നെ സങ്കല്പജാഹ പിത്രാദേവു ഇവിടെ പറഞ്ഞു സങ്കല്പാദേവ സമുദാന്തി സങ്കല്പിച്ചു കഴിഞ്ഞാൽ വരും സ്വശ്രുക്കൾ വരും ഇങ്ങനെ മുമ്പ് പറഞ്ഞു ഭോഗാഹ എന്ത് സങ്കല്പിക്കുന്നു അതെല്ലാം അവിടെ വരുമെന്ന് പറഞ്ഞു പാർത്ഥിവ അപ്യസ്ത യഥാ ലോകെ ദൃശ്യം അത് പാർത്ഥിവണോ ഈ ലോകത്തിൽ നഗരി എന്ന് പറഞ്ഞാൽ അത് പാർത്ഥിവണോ സരസം എന്ന് പറഞ്ഞാൽ അപ്യമാണ് ജലമയമാണ് പൃഥ്വിമയമാണ് ജലമയമാണ് പക്ഷേ ഈ കാണുന്ന തരത്ത് സ്ഥൂലവും കഠിനവും ദീർഘവും ഇതൊക്കെയായിട്ടുള്ള ഇതുപോലെയുള്ള വസ്തുക്കളാണോ അവിടെയുള്ളത് യഥാ ലോകേദിന് അർണവ സമുദ്രത്തെ കുറിച്ച് പറഞ്ഞു വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞു നഗരിയെക്കുറിച്ച് പറഞ്ഞു സ്വർണമണ്ഡപത്തെക്കുറിച്ച് അഹോസി അതോ ഇനി മറിച്ച് ഇതൊക്കെ ഇതുപോലെ സ്ഥൂലവും പ്രത്യക്ഷങ്ങളുമായ വസ്തുക്കളാണോ അതോ മാനസപ്രത്യം മാത്രമാണ് എനിക്കും മാനസപ്രത്യങ്ങൾ സങ്കല്പം മാത്രമാണോ ഇതല്ല എന്താ എന്തായാലും എന്താന്ന് ചോദിക്കുന്നു ഇതിനെ ശരിക്കും വസ്തുക്കളായി തന്നെ എടുത്ത് ഈ ലോകം ഉള്ളതുപോലെ തന്നെ ഉപാസകന് പാർത്ഥിവയ ഒരു ലോകത്തിലെത്തിച്ചേരുന്നു അവിടെ ഇതൊക്കെ അനുഭവിക്കുന്നു ഒരു നീതി പാർത്ഥിക അഭ്യാസാസ്യം ഹൃദയാകാശ സമാധാനാനുപത്തി അങ്ങനെ സ്വീകരിക്കാൻ പാർത്ഥിവലെ ഇവിടുത്തെ സരസ് പോലെ ഒരു സരസ് ഇവിടുത്തെ വൃക്ഷം പോലെ ഒരു വൃക്ഷമെന്നെല്ലാം കരുതി കഴിഞ്ഞാൽ പാർത്ഥി ആപ്യവും സ്ഥൂലവും എന്ന് കരുതി കഴിഞ്ഞാൽ എന്താണോ ഇവിടെ പറയുന്നു ഇത് ഹൃദയമുണ്ട് ശരീരത്തിൽ ഹൃപുണ്ഡരീകം അതിലൊരാകാശമുണ്ട് ആകാശത്തിലൊരു അന്ധക്കരണം ഉണ്ടെന്ന് പറഞ്ഞു അവിടെയാണെന്നെല്ലാം പറഞ്ഞു ഇതെല്ലാം അങ്ങനെ ശരിയാകും ഈ ഹൃദയാകാശത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയ സരസ് മണ്ഡപം സ്വർണ്ണ മണ്ഡപം അവിടെ ഇരിക്കത്തില്ലല്ലോ ഹൃദ്യാകാശ സമാധാനാനുഭൂത്തി അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ശരിയാകത്തില്ല നിൽക്കാൻ പറ്റത്തില്ല ശരീരം തന്നെ ചെറുത് അതിന് ഹൃദയം അതിലും ചെറു അതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് അതിലും ചെറു അവിടെ എങ്ങനെ ഇതെല്ലാം വന്നു ചേരും അതുമാത്രമല്ല പുരാണേച്ച മനോമയാനി ബ്രഹ്മലോകെ ശരീരാധീനി വാക്യം വിരുദ്ധിയത പുരാണത്തിലും പറയുന്നുണ്ട് ബ്രഹ്മലോകത്തിലെ ശരീരവും മറ്റും ബ്രഹ്മലോകം ശരീരം ഇതെല്ലാം അതുപോലെ പാർത്ഥിവും ആത്മീയവുമല്ല എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥൂലമായി സ്വീകരിക്കാൻ സാധ്യമല്ല അശോകമഹിമം ഇത്യാദ്യാസ്റ്റ ശ്രുത ശ്രുതിയും പറയുന്നുണ്ട് അശോകമഹിമം എന്ന് പറയുന്നു സന്താപ വർജിതം അതാണ് എന്റെ മഹത്വം ബ്രഹ്മലോകത്തെ കുറിച്ച് പറയുന്നു ഇവിടെയും ഉണ്ട് സരസം വൃക്ഷങ്ങളും സ്വർണ്ണമണ്ഡപങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ശോകമാണ് അവിടെ അശോകം അശോകരഹിതം അതാണ് അതിൻ്റെ മഹ മഹത്വം എന്തുകൊണ്ടാണ് അതിശോകരഹിതമായിരിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാ ശോകം ഉണ്ടാകുന്നത് ഈ ജീവൻ ഈ ശരീരത്തിലിരുന്നു ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ ശോകത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം പ്രതിപ്രവർത്തനം സംവേദനം പ്രതിസംവേദന സ്വതൃത്വങ്ങളുണ്ടാകും പക്ഷെ അവിടെ അങ്ങനെയല്ല ഈ ശബ്ദസ്പർശ രൂപ ശൂന്യമാണ് അവിടത്തെ വിഷയങ്ങളല്ല അതുകൊണ്ട് തന്നെ എന്താണത് സന്താപവ വർജിതമാണ് അശോകഹിമം അശോകരഹിതമായ മഹത്വത്തോടു കൂടിയതാണ് വിദ്യാഭ്യാസ സ്വദേഹ പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ വേറെ ശ്രീ പറയുന്നുണ്ട് എന്താണ് വേറെ പുരാണങ്ങളിലും പറയുന്നുണ്ട് എന്താണ് അവിടെ ബ്രഹ്മലോകത്തിൽ സമുദ്രം സരിത്ത് തടാകം നദി വാപ്യം കൂപം പല കിണറുകുളം യജ്ഞം വേദം മന്ത്രം ഇതെല്ലാം മൂർത്തിമന്ദ്രാപിച്ച് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്നും പറയുന്നുണ്ട് വിനീതനെ ഇങ്ങനെ കേവലം മാനസമായ സങ്കല്പം മാത്രമായിട്ടെടുക്കാൻ പറ്റും വിരുദ്ധീത പുരാണസമൃതി പ്രമാണത്തിന് വിരുദ്ധമായി പറയാൻ പാടുന്നു പ്രത്യേകിച്ചും ഉപനിഷത്തിന്റെ ചർച്ചയിൽ വേദത്തെ പുരാണങ്ങൾ എല്ലാം പ്രമാണമായി സ്വീകരിക്കുന്നുണ്ട് അതിന് വിരുദ്ധമായി വന്നു അത് ശരിയാകത്തില്ല ഇതെല്ലാം മൂർത്തിമത്തായി സ്ഥൂലമായ ആകാരത്തോടുകൂടി ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു എന്നും പറയുന്നു സങ്കല്പ സ്വീകരിക്കാൻ പറ്റും എന്നാ മൂർത്തിമത്തെ പ്രസിദ്ധരൂപണാം തത്ര ഗമന അനൂപത്തേഹേ പറയുന്നത് ശരിയല്ല അവിടെ മൂർത്തിമത്തായിരുന്നാൽ അവിടെ ചെല്ലാൻ ഒക്കത്തില്ല എന്തുകൊണ്ട് ഹൃദയാകാശത്തിന് അങ്ങനെ ഇതെല്ലാം ചെല്ലുന്നത് തസ്മ പ്രസിദ്ധ മൂർത്തി ബദിരകീണ സാഗരാധീന മൂർത്തിയന്തരം സാഗരാധിപിരൂപാത്മം ബ്രഹ്മലോകഗന്ധന അതുകൊണ്ട് അതിനൊരു രൂപമുണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ നമ്മളീ കരുതുന്നത് പോലെ സ്ഥൂലമായ ആപ്യമായ പാർത്ഥിവമായ രൂപങ്ങളൊന്നുമില്ല അങ്ങനെ അല്ലാത്ത രൂപങ്ങളുണ്ട് രൂപമില്ലെന്ന് പറയുന്നില്ല രൂപമുണ്ട് മൂർത്തിയന്തരൻ അങ്ങനെ ആ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് അവർ ഇതെല്ലാം കല്പനായം യഥാപ്രസിദ്ധ്യംസ്തൽ മാനസദേഹ്യ സംബന്ധി എന്തായാലും പറയുന്നു അവിടെ രൂപം വേണം ഇതെല്ലാം അവിടെ ഉണ്ട് എന്ന് പറയുന്നു ബ്രഹ്മലോകത്തിൽ സ്വർണ്ണമണ്ഡപമുണ്ട് സരസുണ്ട് വൃക്ഷമുണ്ട് അപ്പം അങ്ങനെയുള്ളത് കൽപ്പിച്ചേ മതിയാവും അങ്ങനെ കൽപ്പിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ വരുന്ന ഈ രൂപങ്ങൾ സ്ത്രീ പുരുഷാദ രൂപങ്ങൾ അത് ഒരു പ്രത്യേക രൂപമായിട്ട് സ്വീകരിക്കണം ഇവിടുത്തെ പോലെ രൂപമില്ലെന്നല്ല രൂപമുണ്ട് മാനസ അദ്ദേഹത്തിന് അനുരൂപമായ ഇവിടത്തേതുപോലല്ല ആ രൂപങ്ങളെല്ലാം സങ്കല്പാത്മകമായ രൂപങ്ങൾ തന്നെ ഇന്ന് സ്വീകരിക്കണം ദുഷ്ടാഹി മാനസിക ഈ ആകാരവത്യഹ ഇപ്പം സ്ത്രീ ഉദാഹരണം പറയുന്നു അപ്പൊ സ്വപ്നത്തിലെന്താ സ്വപ്നത്തിലും സ്വർണ്ണ മണ്ഡപമുണ്ട് സെരസ് ഉണ്ട് വൃക്ഷങ്ങളുണ്ട് അതിനെല്ലാം രൂപമുണ്ട് പക്ഷെ അതിനെന്താണ് കേവലം ആകാരങ്ങളുണ്ടെങ്കിലും അതിന് പ്രത്യേക ആകാരം രൂപമുണ്ടെങ്കിലും അത് മാനസമാണ് ഈ ബാഹ്യമായി കാണുന്ന ഇവിടെ ജാഗ്രത കാണുന്ന ആപ്യം വാർത്ഥിവല്ല എന്നാൽ ഇതുപോലെ തന്നെ അവിടെയും കാണാം ഇതെല്ലാം നല്ല അവിടെ ഉണ്ട് സ്വർണ്ണമുണ്ട പോകുമ്പോൾ അതെന്ത് പറയും ആ സമയത്ത് കാണുന്നത് പോലെ ബാഹ്യമായ സ്ഥൂലമായ വസ്തുക്കൾ അവിടെ വരാൻ വഴിയില്ലല്ലോ കാരണം ഇതൊന്നും ഇവിടെ ഇല്ല വേറെ ലോകത്തിലാണോ അവിടെ സ്വപ്നത്തിൽ എങ്ങനെയാണോ മാനസികമായ ആകാരങ്ങൾ സ്വീകരിക്കുന്നത് അതുപോലെ ബ്രഹ്മലോകത്തിലും മറ്റും മാനസികമായ ആകാരങ്ങളെ സ്വീകരിക്കാം എന്നാ സ്വപ്നം പോലെയാണെന്നുള്ളത് അനുസ അനുളത്തു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അനുഭമാണല്ലോ സ്വപ്നം സത്യമാണ് ഇതെല്ലാം അസത്യമാണെന്ന് പറയുന്നതിന് ഉദാഹരണമായി എടുക്കുന്നതിന് സ്വപ്നത്തെയാണ് ദൃഷ്ടാന്തമായിട്ട് സ്വപ്നം പോലെ ഇത് സ്വപ്നം അസത്യം അല്ലെങ്കിൽ സ്വപ്നം പോലെ അസത്യം എന്ന് പറയാൻ പറ്റും പ്രത്യേകിച്ചും അദ്വീതികൾക്ക് അദ്ദേഹികൾ മിഥ്യ ദൃഷ്ടാന്തമായിട്ടാണ് സ്വപ്നത്തെ സ്വീകരിക്കുന്നത് അനർഥമായ സ്വപ്ന എല്ലാം അസത്യമാണല്ലോ അനർഥമാണല്ലോ മിഥ്യയാണല്ലോ ഇതെല്ലാം ബ്രഹ്മലോകവും സ്വപ്നം പോലെ ഒരു മിഥ്യയാണെന്ന് അവിടുത്തെല്ലാം പോയി ശരി അങ്ങനെ ആയിക്കോട്ടെ എന്താ ദോഷം ഇത്രയും പ്രയാസപ്പെട്ട് ഈ സാധനയെല്ലാം ചെയ്ത് അവിടെ ചെന്ന് പ്രാപിക്കുന്ന ദുഃഖരഹിതമായ അവസ്ഥ അത് സ്വപ്നം പോലെ അനുഭവമാണെന്ന് പറയും അതറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സ്വപ്നം കാണാൻ വേണ്ടി സാധന അനുഷ്ഠിക്കും തൈമേ സത്യാകാമ ഇതി ശ്രുതി സദാസതി വിരുദ്ധ അത് മാത്രമല്ല ശ്രുതി പറയുന്ന എന്താണ് സത്യാ കാമാ അതെല്ലാം സത്യമാണെന്നാണ് പറയുന്നത് അവിടെ പോയി അനുഭവിക്കുന്ന ഇവിടെ അനുഭവിക്കുന്ന പോലെയല്ല അസത്യമാണ് അവിടെ എന്തൊക്കെ അനുഭവിക്കുന്നു അതെല്ലാം സത്യമാണെന്ന് പറയുന്നു ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടോ അതിനും വിരോധം വരും അതിനെ നിഷേധിക്കുന്നു നിങ്ങൾ പറയുന്നത് ശരിയല്ല മാനസപ്രത്യസ്യ സത്വപ്രേഹി പറയുന്നു സ്വപ്നം അസത്യമാണെന്നാരാ പറഞ്ഞത് സ്വപ്നം മാനസപ്രത്യമാണെങ്കിൽ അത് സത്യമാണ് സിദ്ധാന്തമാണ് കുറവുപക്ഷമാണ് സ്വപ്നം സത്യമാണ് മനസ്സപ്രത്യകിച്ച് സത്വ പ്രത്യേകിച്ച് സ്വപ്നം എന്നുള്ളതല്ല മനസ പ്രത്യയങ്ങൾ ചാനുഭവങ്ങൾ അത് ജാഗ്രത ആയാലും ശരി സ്വപ്നമായാലും ശരി ബ്രഹ്മലോകമായാലും ഇത് സത്യമാണ് അസത്യമല്ല മാനസാഹിപ്പെടുത്തിയ സ്ത്രീ പുരുഷാധ്യാകാര സ്വപ്ന ദൃശ്യന്തിൽ മാനസമായ അനുഭവങ്ങളാണ് ജാഗ്രത പോലെ അല്ല ജാഗ്രത നമുക്ക് പറയാം ഇത് വേറെയാണ് ഇവിടെ പുറമേ ഉണ്ട് വസ്തു ആപ്യവും പാർത്ഥിവുമായ സരസം ഭക്ഷണമെല്ലാം ഉണ്ട് സ്വപ്നം സ്ത്രീ പുരുഷാധ്യാകാര സ്വപ്ന ദൃശ്യന്തി മനസ്സപ്രത്യങ്ങൾ അത് സത്യമാണോ സ്വപ്നം ജാഗ്രത്വാസനാരൂപ സ്വപ്നദൃശ്യാഹ അത്ര സ്ത്രീയാതെ സ്വപ്നേ വിദ്യന്തേ പറയുന്നു അങ്ങനെയല്ലല്ലോ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് എന്താ മനസ്സിലാക്കിയത് ജാഗ്രത്വാസനാരൂപ പൂർവക്ഷി പറയാം ജാഗ്രത അനുഭവത്തിന്റെ വാസന അതുകൊണ്ടാണ് സ്വപ്നദൃശ്യങ്ങൾ സ്വപ്നദൃശ്യാഹ പിന്നെ അത് തത്ര സ്ത്രീയാതെ സ്വപ്ന വിദ്യൻ്റെ വാസനത്തിന് ഈ പറയുന്നൊന്നുമില്ല സ്വപ്നത്തിൽ വരാം പിതൃക്കൾ സ്വപ്നത്തിൽ വരാം സ്ത്രീ സ്വപ്നത്തിൽ വരാം സരസ് മണ്ഡപം ബ്രഹ്മരോകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതെല്ലാം സ്വപ്നത്തിനും വരാം പക്ഷെ അതൊന്നും ഇവിടെ ഇല്ലല്ലോ അതില്ലാത്ത കൊണ്ടാണ് പറയുന്നത് സ്വപ്നം അനർഥമാണ് അത് ജാഗ്രത് വാസനാരൂപമാണ് സത്യമല്ല എന്ന് പുറൂക്ഷറയുമ്പോ സിദ്ധാന്തി പറയുന്നു അത്യല്പം ഇത മിച്ചതേ നിങ്ങൾ പറയുന്ന വെറും നിസ്സാരമായ കാര്യമാണ് കാര്യം മനസ്സിലാക്കാതെ പറയുകയാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്ന പോലെ അല്ല സ്വപ്ന ദൃശ്യം അവിടെ കാണുന്നതെല്ലാം ജാഗ്ര ദുബാസനാണോ അതാ സത്യമാണോ എന്ന് പറയുന്നത് ശരിയല്ല അത്യല്പം ഇത മിച്ചതി നിങ്ങൾ പറയുന്നത് വളരെ തുച്ഛമായ കാര്യമാണോ എന്തുകൊണ്ട് ജാഗ്രത വിഷയാഭിമാനസപ്രത്യാഭി നിർവടുത്തായവ സിക്ഷടുത്ത തേജോ വന്ന മയുത്വ ജാഗ്രത വിഷയമാണ് ഇന്ന് സ്വപ്ന ദൃശ്യം സ്വപ്നത്തെ അസ്വത്യം എന്തുകൊണ്ടാണ് പറയുന്നത് അത് കേവലം മാനസമാണ് ജാഗ്രതത്തിലെ അനുഭവങ്ങളിൽ നിന്നുള്ള വാസനമുണ്ട് സ്വപ്നമുണ്ടായി ൂടെ കാണുന്നതെല്ലാം അസത്താണ് എന്നുള്ളത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജാഗ്രത എന്താണ് മാനസപ്രത്യ അഭിപ്രാഗ്രതും മാനസാനുഭവങ്ങളാണല്ലോ മനസ്സപ്രത്യയാറവൃത്ത മനസപ്രത്യങ്ങൾ ഈ മാനസികമായ അനുഭവം അല്ലേ ജാഗ്രത അല്ല വേറെ എന്തെങ്കിലും കൊണ്ടാണോ ജാഗ്രത ജാഗ്രത മനസ്സില്ലേ സ്വപ്നം പോലെ ജാഗ്രത മനസ്സ് തന്നെ ഇതെന്നെ അറിയിച്ചു തരുന്നു മനസ്സപ്രത്യാഹർ ഈ മനോവൃത്തികളിലൂടെയാണ് ഇത് ഗ്രഹിക്കുന്നത് ഉള്ള സ്വപ്നം മാനസമായതുകൊണ്ട് അതായത് സ്വപ്നത്തെ മനസ്സുകൊണ്ട് അറിയുന്നത് കൊണ്ട് അസത്യമാണെന്ന് പറഞ്ഞാൽ ജാഗ്രതം മനസ്സുകൊണ്ടറിയുന്നതുകൊണ്ട് ഇതും അസത്യം എന്ന് പറയേണ്ടി വരും എന്നാണ് സിദ്ധാന്തി പറയുന്നത് അതുമാത്രമല്ല വേറെ ദോഷമുണ്ട് ഒരാൾ പറയുന്നത് ഇതങ്ങനെ മനസ്സുകൊണ്ടറിയുന്ന ഇത് സ്വപ്നം പോലും മനസ്സുകൊണ്ടറിയുന്നതല്ല ഇത് വാസ്തവത്തിലൂടെ ഉള്ളതാണ് ഉള്ളതിന് ഞാൻ അറിയാൻ എന്ന് പറഞ്ഞാൽ ശ്രുതിക്ക് വിരോധം ശ്രുതി നേരത്തെ പറഞ്ഞു സദ്വളുത്ത തേജോപന്നമയത്തുവാ ജാഗ്രത വിഷയമാണ് ശ്രുതി തന്നെ നേരത്തെ പറഞ്ഞതാണോ സദ് നേരത്തെ പറഞ്ഞു സങ്കൽപ്പിച്ചു പറയുന്നു സത്തിന്റെ സങ്കല്പം കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ത്മയമായ ഈ ജാഗ്രത വിഷയമാണ് ഈ ജാഗ്രത വിഷയങ്ങൾ സത്തിന്റെ സങ്കല്പം കൊണ്ടുണ്ടായെന്നാ പറയുന്നു എങ്ങനെ ഉണ്ടായി ജാഗ്രത എങ്ങനെയുണ്ടായി അത് അവിടെ ത്രീണി രൂപാണി ഇത്യവ സത്യം എന്നെല്ലാം മുമ്പ് പറഞ്ഞു ഇവിടെ തന്നെ അത് ഈ മൂന്ന് രൂപങ്ങളെ സൃഷ്ടിച്ചു എന്താണ് മൂന്ന് രൂപങ്ങൾ ജോ വണ്ണമയം അത് എങ്ങനെ സൃഷ്ടിച്ചു കേവല സങ്കല്പം സത്യന്റെ സങ്കല്പമാണെന്ന് പറഞ്ഞു അപ്പൊ ഈ ജാഗ്രതം സത്യന്റെ സങ്കല്പമാണ് ജാഗ്രത് സത്യന്റെ സങ്കല്പമാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നു അംഗീകരിച്ചിട്ടെന്ന് പറയുന്നു ഇത് സത്യമാണ് സ്വപ്നവും സങ്കല്പമാണെന്ന് പറയുന്നത് അത് ആനൃതമെന്നും പറയുന്നു ഇതെങ്ങനെ ശരിയാകും അതുകൊണ്ട് ജാഗ്രത വിഷയം അതും സങ്കല്പം കൊണ്ട് നിർവൃത്തമാണ് ഇത് സത്യമാണെന്ന് പറയുന്നു സ്വപ്നവും സങ്കല്പം കൊണ്ടുണ്ടായിരുന്നു അത് അധൃത്യം എന്നും പറയുന്നു ഇതിന് യുക്തിയില്ലെന്നു സങ്കല്പ മൂലാഹി ലോകുക്തം ൃപതാം ദേവ പൃഥിവി അവിടെ മുമ്പ് പറഞ്ഞു ധ്യാവാഥിവിളെ സങ്കല്പിച്ചു അതുകൊണ്ട് ഈ ലോകം ഈ ജാഗ്രത ലോകവും സങ്കല്പം മൂലമാണ് ഈ ജാഗ്രത ലോകം സങ്കല്പം മൂലമായിട്ട് ഇതിനെ നിങ്ങൾ സത്യം എന്ന് പറയുന്നു സ്വപ്നം അതുപോലെയുള്ള സങ്കല്പം മൂലമാണ് അതിനസത്യം എന്ന് പറയുന്നത് ഇതിലെന്താ അതുകൊണ്ട് എന്താണ് സ്വപ്നവും സത്യം തന്നെ സർവശ്രുതിഷുച പ്രത്യേകാത്മ ഉത്പത്തിള സ്ഥിതിയാദിനാവി അതുമാത്രമേ ഉള്ളൂ സർവശ്രുതിയിലും പറയുന്നു ഈ പ്രത്യേക ആത്മാവിൽ നിന്ന് അതായത് സത്തിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഉത്പത്തി അവിടെ തന്നെയാണ് പ്രളയം അവിടെ തന്നെയാണ് സ്ഥിതി അതിനാണ് യഥാവാഭു എങ്ങനെയാണോ ചക്രത്തിന്റെ ാലുകളെ ഉറപ്പിച്ചിരിക്കുന്ന സർവ്വം ഈ സദ് ആശ്രിതമാണ് സദായധന സത്പ്രതിഷ്ഠ എന്നെല്ലാം നമ്മൾ പറഞ്ഞല്ലോ ഇത്യാദിന സർവവും ഈ പ്രത്യേകാത്മാവിൽ നിന്നു പ്രകടമാകുന്നു നിലനിൽക്കുന്നു നശിക്കുന്നു ജാഗ്രത അവിടെ പ്രകടമാകുന്നു സ്വപ്നം അവിടെ പ്രകടമാകുന്നു സ്വപ്നം അസത്യമാണ് ജാഗ്രത സത്യമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും തസ്മാനാം ബാഹ്യാനാമിന്റെ വിഷയമാണോ ഇതരേതര കാര്യകാരണത്വം അതുകൊണ്ടെന്താണ് മാനസാനാം ബാഹ്യാനാമിച്ച വിഷയമാണ് മാനസമായിട്ടുള്ളത് ബാഹ്യമായിട്ടുള്ള വിഷയങ്ങൾ വിഷയങ്ങൾ മനസ്സിലുമുണ്ടല്ലോ പുറമേ ഉണ്ട് ഇവക്കെല്ലാം ഇതരേതര കാര്യകാരണത്വം പരസ്പര കാര്യകാരണ ബന്ധമുണ്ട് ഈശ്വരി ബീജാംഗുരവും ബീജാങ്കുരത്തെ പോലെ ബീജുവാങ്കുരവും പോലെ സങ്കല്പം സങ്കല്പത്തിനനുസരിച്ച് ദൃശ്യം ആ ദൃശ്യത്തിനനുസരിച്ച് സങ്കല്പം സങ്കല്പത്തിനനുസരിച്ച് ദൃശ്യം അങ്ങനെ പോകുന്നു ഇത് പരസ്പരം കാര്യകാരണം ഇപ്പൊ ജാഗ്രതയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം സങ്കല്പിക്കുന്നു ുന്നു പുസ്തകം വായിക്കുന്നു ആദ്യ മനസ്സിൽ കൽപ്പന വരുന്നു പുറമേ അടുത്ത് പ്രവൃത്തി വരുന്നു വായിക്കുന്നു ഇത് സൃഷ്ടിക്കണം വേദന സംബന്ധിച്ചാൽ ഇതൊന്ന് നിർമ്മിക്കണം ഉടനെ മനസ്സിൽ സങ്കല്പം വരുന്നു എങ്ങനെ അതിൻ്റെ രൂപഭാവങ്ങളെല്ലാം മനസ്സിൽ വരുന്നു അതിനെ നിർമ്മിക്കുന്നു കുലാലൻ പാത്രത്തെ ഉണ്ടാക്കും അതിസങ്കൽപ്പിക്കുന്നു എങ്ങനെ എങ്ങനെ വേണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അതിനെ സൃഷ്ടിക്കുന്നു അതുപോലെ തർവ് ആദ്യം മനസ്സിലൊരു പദ്ധതി തയ്യാറാക്കും പിന്നീട് ആ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു സർവത്ര എന്താണ് ബാഹ്യമായ വിഷയങ്ങളുണ്ടെന്ന് നമ്മൾ കാണുന്നു അനുഭവിക്കുന്നു അവിടെ സർവത്ര മനസ്സിനെ സങ്കല്പത്തിനനുസരിച്ച് ബാഹ്യമായി സൃഷ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് ജീവൻ എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ ജീവൻ സൃഷ്ടിക്കാത്ത ഇവിടെ ഉണ്ടെങ്കിൽ അതും ഏതെങ്കിലും സങ്കല്പത്തിൽ നിന്നും ഉണ്ടാകായിരിക്കും ഈശ്വരന്റെ സങ്കല്പം ഈശ്വരന്റെ സങ്കല്പം അനുസരിച്ചുള്ള സൃഷ്ടി അങ്ങനെ പറയാം ജീവൻ സങ്കല്പിക്കുന്നു അതനുസരിച്ച് സൃഷ്ടിക്കുന്നു എന്തായാലും സങ്കല്പം മൂലമാണ് അപ്പം മനസ്സമായിട്ടുള്ള സങ്കല്പങ്ങൾക്കും ാഹ്യമായ വിഷയങ്ങൾക്കും കാര്യകാലബദ്ധമുണ്ട് നേരത്തെ അതെന്താ അങ്ങനെ പറയുന്നത് ജാഗ്രത് വാസനാരൂപത്തിലാണ് സ്വപ്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ജാഗ്രത് വാസനക്കനുസരിച്ച് ദൃശ്യങ്ങളുണ്ടായാൽ ആ ദൃശ്യങ്ങൾക്കനുസരിച്ച് വീണ്ടും വാസന വരും വാസനക്കനുസരിച്ച് വീണ്ടും ദൃശ്യം വരും ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് പറയുന്ന ഇന്ത്യ ഈ ബാഹ്യായിവ മാനസ മാനസായിച്ച ബാഹ്യ അത് മാത്രമല്ല ബാഹ്യ ഈ പുറമേ ഉള്ളത് തന്നെയാണ് മാനസ ഉള്ളിലുള്ളത് മാനസായ ബാഹ്യ ഉള്ളിലുള്ളത് തന്നെയാണ് പുറമേ ഉള്ളത് ഇവിടെ രണ്ടില്ല അതുകൊണ്ട് അനൃതത്വം കഥാചിത അതുകൊണ്ട് സ്വപ്ന ദൃശ്യങ്ങൾ ഒരിക്കലും അനുദമല്ല സത്യമല്ല സ്വാത്മനി ഭഗതി സ്വസ്വരൂപത്തിലാണ് ഈ സ്വരൂപത്തിൽ അനുഭവപ്പെടുന്ന ജാഗ്രത സ്വപ്ന ദൃശ്യങ്ങൾ അവർ തേഷാം പ്രത്യേകിച്ച് സ്വപ്നത്തെ കുറിച്ച് പറയുന്നു അതൊരിക്കലും അന്നതമല്ല സ്വപ്നമേ അനന്തമല്ലെങ്കിൽ പിന്നെ ജാഗ്രത ജാഗ്രത എങ്ങനെ അനർത്ഥമാകും എന്നാ അനൃത്വം ഒന്നാണ് അത് മിഥ്യയല്ല സ്വപ്നം എങ്ങനെയാണോ മിഥ്യയല്ലാതിരിക്കുന്നത് അതുപോലെ ജാഗ്രത്വം മിഥ്യയല്ലെ ഒന്ന് മാനസം ഒന്ന് ബാഹ്യം അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് മാനസം തന്നെയാണ് ബാഹ്യം ബാഹ്യം അല്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇതിനെ മാനസത്തിൽ നിന്ന് വേർതിരിക്കുക ഒരാൾ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക വിഷയങ്ങളെ പറയും ഇത് എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം ഇത് ബാഹ്യമാണ് പിന്നെ മാനസം എന്താണ് ഇതിൻ്റെ അറിവ് ഉള്ളിലിരിക്കുന്ന അറിവ് അത് മാനസം പുറമേ ഇരിക്കുന്ന പുസ്തകം ബാഹ്യം ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ അറിവിൽ നിന്ന് നിങ്ങളുടെ ആ പുസ്തകത്തെ മാറ്റിവെക്കുക എവിടേക്ക് മാറ്റും അറിവില്ലാത്ത സ്ഥലത്ത് മാറ്റാൻ പറ്റും ആര് മാറ്റും എങ്ങനെ മാറ്റും എന്തിനെ മാറ്റും അസംഭവമാണ് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അതുപോലെ തിരിച്ചും മാറ്റാൻ പറ്റത്തില്ല പുസ്തകത്തിൽ നിന്നും മനസ്സിനെ മാറ്റി വയ്ക്കുക അതും അസാധ്യമായ കാര്യമാണ് പുസ്തകമുണ്ടോ അവിടെ മനസ്സുമുണ്ട് പുസ്തകത്തിൽ നിന്ന് മനസ്സിനെ മാറ്റാൻ പറ്റും സാധ്യമല്ലെങ്കിലൂടെ മനസ്സ് ഉണ്ടായിരിക്കും അപ്പോൾ മാനസം ബാഹ്യമെന്ന് നമ്മൾ ഒരു സ്ഥൂലമായ ദൃഷ്ടി പറയുന്നു മാനസം തന്നെ ബാഹ്യം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അതിർവരം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇത് മാനസം ഇത് ബാഹ്യം അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ വിഷയങ്ങളിൽ നിന്ന് മാറ്റിയ ഒരു മനസ്സിനെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയില്ല ഇതൊന്നു തന്നെ രണ്ടായിട്ടിരിക്കുന്നത് മാനസം തന്നെ വിഷയരൂപത്തിലിരിക്കുന്നു അത് തന്നെ തിരിച്ചും പറയു ബാഹ്യായവ മാനസ മാനസായവ ബാഹ്യ തിരിച്ചും ഇതൊന്നാണ് ഇവിടെ പേർ ഇരിക്കാൻ പയ്യ അതുകൊണ്ടെന്താണോ സ്വപ്നത്തിൽ ഉള്ളതൊന്നും അനുദാമല്ല എന്നാണ് അത് സ്വപ്ന ദ പ്രതിബുദ്ധ സനിർദാഭവതങ്ങനെ പറയാൻ പറ്റും സാധാരണ അദ്വൈതകൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ സ്വപ്നത്തിൽ ഒരുപാട് ഒക്കെ കണ്ടു ഉണർന്നു കഴിഞ്ഞപ്പോൾ അതൊന്നുമില്ല അതുകൊണ്ട് അതൊക്കെ അനുരുദമാണ് നമ്മള് ഇതുവരെ പഠിപ്പിച്ചത് ഭക്ഷിക്കാരൻ എത്ര വിധവണെന്ന് പറഞ്ഞിരിക്കുന്നു സ്വപ്ന സ്വപ്നത്തിൽ കണ്ടവ പ്രതിബുദ്ധസേ അനതാഭവൻ്റെ വിഷയം ഉണർന്നവന് അന്നതമായിട്ടാണല്ലോ അനുഭവപ്പെടുന്നത് സത്യമേവാ നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ് പറയുന്നത് ഞാനും അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ജാഗ്രത് ബോധ അപേക്ഷത നിങ്ങളത് സ്വപ്നത്തെ അനദമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ജാഗ്രത് ബോധത്തെ അപേക്ഷിച്ച് പറയുകയാണ് സ്വത സ്വതേ അതാനം എന്നല്ല പറയുന്നത് ജാഗ്രതത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ആ സ്വപ്ന അനുഭവം ഇല്ലാത്തത് കൊണ്ട് പറയുന്നു അതാനമാണ് അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പം നിങ്ങൾ കരുതുന്ന എന്താണ് ഇത് സത്യമാണ് ഇത് സത്യമാണെന്ന് കരുതിയാലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ സ്വപ്നാനുധമാണ് അങ്ങനെയാണെങ്കിൽ തഥാ സ്വപ്നബോധാപേക്ഷ ജാഗ്രതാനുതത്വം അങ്ങനെയാണെങ്കിൽ മറിച്ച് വന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ എന്തുകൊണ്ട് സ്വപ്നത്തെ അനുദം എന്ന് പറയുന്നു ഈ ജാഗ്രതനെ അപേക്ഷിച്ചിട്ട് ജാഗ്രതനെ അപേക്ഷിച്ചിട്ടല്ലേ പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്താണോ ഈ ജാഗ്ര അതുകൊണ്ടാണോ സ്വപ്നബോധ അപേക്ഷം ജാഗ്രത ദുഷ്ട്രെ അപേക്ഷിച്ച് ഈ ജാഗ്രത അനുദമാണോ എന്ന് പറയേണ്ട രണ്ടിലും എന്താ വ്യത്യാസം ജാഗ്രതനെ അപേക്ഷിച്ച് സ്വപ്നം അനുദം എന്ന് സ്വപ്നത്തെ അപേക്ഷിച്ച് ജാഗ്രതം അനുദമാണ് സ്വപ്നത്തിൽ ഇതല്ലോ സ്വപ്നത്തിലതൊന്നും ഇല്ലല്ലോ ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സ്വപ്നത്തിൽ കണ്ടത് അപ്പൊ സ്വത അനതമല്ലെന്നോ ജാഗ്രത സംബന്ധിച്ചും പറയണ്ടോ അപ്പൊ എവിടെയായി അനുദത്വം പറയുന്നതിന്റെ താല്പര്യം ജാഗ്രത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് സ്വപ്നം അനുദമെന്ന് പറയുകയാണെങ്കിൽ സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് സ്വപ്നത്തിൽ ഇതില്ലാത്തതുകൊണ്ട് സ്വപ്നത്തിന് ജാഗ്രത അന്നതെന്ന് പറയേണ്ടി വരും ആ ശരി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ സ്വതേ ഇത് അനുഭമല്ലെന്ന് പറയേണ്ടി വരും സ്വപ്നത്തെ അപേക്ഷിച്ച് മാത്രമേ ഇത് അനുബന്ധമാകുന്നുള്ളൂ സ്വയം ഇത് അനുഭം അല്ല അങ്ങനെയാണെങ്കിൽ അത് തന്നെ അതേ വ്യക്തി തന്നെ സ്വപ്നത്തിനും പറയുന്നു സ്വപ്നം സ്വതേ അനുദമല്ല ജാഗ്രതയെ അപേക്ഷിച്ച് അനുദമാണ് പറഞ്ഞു വരുന്നത് താല്പര്യം എന്താണോ സ്വപ്നം പോലെ തന്നെ സത്യമാണോ സ്വപ്നം ഈ ജാഗ്രത പോലെ തന്നെ സത്യമാണോ അതാണ് ഇപ്പൊ പറയുന്നത് ഇത് രണ്ടും അന്നതമല്ല മാനസപ്രത്യങ്ങൾ എന്ന് പറയുന്നത് അന്നതമല്ല സത്യമാണ് അതുകൊണ്ട് ബ്രഹ്മലോകം അത് മാനസപ്രത്യം എന്ന് പറഞ്ഞാൽ അത് അന്നതമല്ല അത് വെറും സങ്കല്പല്ലേ അങ്ങനെ സത്യം സങ്കല്പം സത്യമാണ് ഭാഷകാലം പറഞ്ഞു വരുന്നത് ഇത് അന്നതമല്ല ജാഗ്രത സ്വപ്നങ്ങൾ അനതമല്ല മുമ്പെല്ലാം എന്താ ചെയ്തത് സ്വപ്നം അനൃതമായതുകൊണ്ട് ജാഗ്രത അനർദമാണെന്ന് സമർത്ഥിച്ചു ഇപ്പൊ എന്താ ചെയ്യുന്നത് സ്വപ്നം സത്യമായതുകൊണ്ട് ജാഗ്രത സത്യമാണ് എന്ന് സമർത്ഥിക്കുന്നു നേരെ വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ വിരുദ്ധമല്ല അതാണ് ഈ അദ്വൈതത്തിൽ പറയുന്ന മിഥ്യാത്വത്തെ ഗ്രഹിക്കേണ്ട രീതി എന്താണ് ബാഹ്യവ മാനസ മനസായവ ബാഹ്യഹ ഇതാണ് ഈ ബാഹ്യമായി കാണുന്നതല്ല മാനസമാണ് മാനസമായ തന്നെയാണ് ബാഹ്യം മാനസം എന്ന് പറയുന്നത് അത് സ്വപ്നം മാനസമാണ് ജാഗ്രത എന്ന് പറയുന്നത് ഇത് ബാഹ്യമാണ് മറ്റത് മാനസമാണ് പറയുന്നു ആ മാനസം തന്നെയാണ് ബാഹ്യം ഈ ബാഹ്യം തന്നെയാണ് ആ മാനസം അല്ല ഇതിന്റെ ജാഗ്രത തന്നെ എടുത്തു കഴിഞ്ഞാൽ മാനസം അത് ഒരുപാട് സങ്കല്പങ്ങൾ ഒരുപാട് മനോരഥങ്ങൾ ഇതൊക്കെ ഇതൊക്കെ സത്യമാണോ പറയുന്നത് എല്ലാം സത്യമാണോ എന്തുകൊണ്ടാണ് ഇതും സത്യം എന്ന് പറയുന്നത് സ്വപ്നത്തെ എന്താ കാരണം സ്വപ്നം കണ്ടിട്ട് നമ്മൾ പറയുന്നത് എന്താണോ ജാഗ്രതയിലേക്ക് വന്ന് ജാഗ്രത അനുഭവമായി താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ പറയാണ് സ്വപ്നം അസത്യമായിരുന്നു എന്ന് പറയുന്നു സാധാരണ പറയുന്നു ആകാശ പുസുമ അതില്ലാതാണ് അനൃതമാണ് അത് അസത്യമാണ് എന്ന് പറയും എന്തുകൊണ്ട് ആകാശ പുഷ്പം അസത്യം കാരണം പുഷ്പം മണ്ണില് ചെടിയിലെ ഉണ്ടാകത്തുള്ളൂ മരത്തിനും മണ്ണിയിലും ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഇതൊന്നുമില്ല ആകാശത്തിലൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് അസത്യം എന്ന് പറയുന്നു സ്വപ്നത എങ്ങനെ അസത്യം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലെന്ന് പറയുന്നു ആകാശകുസുമസത്യം എന്തുകൊണ്ട് പറയുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്തതുകൊണ്ട് സ്വപ്നം അനുഭവത്തിന് ശേഷം ഒരാൾക്ക് സ്വപ്നം അനുഭവം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റും അത് പറയാൻ കഴിയത്തില്ല സ്വപ്ന അനുഭവം ഉണ്ടായി എന്ന് തന്നെ പറയണം ഒരു കാര്യം ഉണ്ടായി എന്ന് പറയുകയും പിന്നെ അത് അസത്യം എന്ന് പറയുകയും ചെയ്യുന്ന എങ്ങനെ രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും നമ്മൾ അസത്യം എന്ന് പറയുന്ന അനർത്ഥം എന്ന് പറയുന്ന ഇല്ലാത്തതിന് തന്നെ സ്വപ്നം കണ്ടവനും നിഷേധിക്കാൻ പറ്റും ഞാൻ സ്വപ്നം കണ്ടില്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല നിഷേധിക്കാൻ വയ്യാത്തേനെയാണ് സത്യം എന്ന് പറയുന്നത് സ്വപ്നത്തെ നിഷേധിക്കാൻ ജാഗ്രത എന്തുകൊണ്ടാണ് പറയുന്നത് ചെറു പറയും എന്താണ് ഇതിപ്പോൾ ഞാൻ കാണുന്ന സ്വപ്നമാണോ അത്ഭുതകരമായ അതിശയകരമായ കാര്യങ്ങൾ കാണുമ്പോൾ അവർ പറയും ഇത് സ്വപ്നമാണോ എന്നിട്ട് പറയും സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ എന്റെ ശരീരത്തിൽ ഒന്ന് ഉള്ളി നോക്കി വേദനിക്കുന്നു അതുകൊണ്ടിത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണോ എന്നൊക്കെ സാധാരണ പറയാറില്ലേ കഥകളിലും മറ്റേ അത് സ്വപ്നത്തെ നുള്ളി നോക്കിയാലും വേദനിക്കും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നുള്ളിയാ വേദനിക്കും കുത്തിയാൽ മുറിയും ജനിക്കും മരിക്കും ഇതെല്ലാം സ്വപ്നത്തിന് സംഭവിക്കും എന്നാലും ജാഗ്രത നമ്മളങ്ങനെ പറയും സ്വപ്നമാണോ എന്നറിയാൻ ഞാനൊന്നും നുള്ളി നോക്കി അപ്പം വേദനിക്കുന്നു സ്വപ്നമല്ല എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ വേദനിക്കില്ല എന്നുള്ളതാണ് സ്വപ്നത്തിൽ പേടിച്ചു കിടക്കുന്ന എഴുന്നേറ്റ് ഓടിയ പറയുന്നു ഇതല്ല സ്വപ്നത്തിന് സംഭവിക്കും സ്വപ്നത്തെ ഭാഷകാരൻ കൂടെ പറയുന്നു അത് സത്യമാണ് അനിഷേധ്യമാണ് നിഷേധിക്കാൻ വയ്യ നമുക്ക് എന്തിനാണോ നിഷേധിക്കാൻ വയ്യാത്ത അതന്നെ സത്യമാണ് ജാഗ്രതല്ല എന്തുകൊണ്ടാ ജാഗ്രത നമ്മൾ സത്യം ഇതിനെ നിഷേധിക്കാൻ വയ്യ ആൾക്കാർ ചോദിക്കുന്നു സ്വാമി പറയുന്നു ഇതൊക്കെ മിഥ്യാണെന്ന് എങ്ങനെയാ ഇത് മിഥ്യ എന്ന് പറയാൻ പറ്റും ഞാൻ കാണുന്നില്ലേ ഞാൻ ഈ പ്രപഞ്ചത്തെ കാണുന്നു സൂര്യനെ കാണുന്നു ചന്ദ്രനെ കാണുന്നു ഇതെല്ലാം എന്റെ മുമ്പിലുണ്ട് എന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിഷേധിക്കുക അമ്മയ്യ നിഷേധിക്കാൻ അമ്മയത്തിന് എങ്ങനെയാ മിഥ്യെന്ന് പറയുന്നത് ആനു ഭാഷകാരനും പറയുന്നത് നിഷേധിക്കുക അമ്മയ്യ അതുകൊണ്ട് ഇത് സത്യമാണ് ഇത് ജാഗ്രത് അതിലെ സ്വപ്നവും നിഷേധിക്കുക അമ്മയ്യാ സ്വപ്നവും സത്യമാണ് രണ്ടുപേർ പോലും സത്യമാണ് ഇത് മാത്രമല്ല എന്തൊക്കെ മാനസപ്രത്യങ്ങളുണ്ടോ മാനസികമായ അനുഭവങ്ങളുണ്ടോ അതെല്ലാം സത്യം തന്നെ നിഷേധിക്കാൻ കഴിയാത്തതല്ല സത്യം പിന്നെ നമ്മൾ നിഷേധിക്കുന്ന എന്തിനാണ് നമ്മൾ നിഷേധിക്കുന്ന മാനസപ്രത്യത്തെയല്ല സ്വപ്നം മാനസപ്രത്യം ച്ചാ മാനസാനുഭവം ആ മാനസാനുഭവത്തെ നമ്മൾ നിഷേധിക്കുന്നില്ലല്ലോ നിഷേധിച്ചാൽ അങ്ങനെ നിഷേധിക്കുന്ന സ്വപ്നം എനിക്കുണ്ടായില്ല അതൊരിക്കലും പറയാൻ കഴിയുന്നില്ല എത്ര എങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ടാലും ശരി നൂറുകണക്കിലും സ്വപ്നം കണ്ടാലും ശരി ഒരുവനും ഒരിക്കലും സ്വപ്നത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല സ്വപ്നം കണ്ടത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയും അത് കണ്ടത് തന്നെ എന്ന് വെച്ചാൽ അതുണ്ടായിരുന്നത് തന്നെ നിഷേധ്യമാണത് അതുകൊണ്ട് അതിനെ അപ്പൊ അതിനാണ് യുക്തി പറയുന്നത് അത് ശരി സ്വപ്നത്തെ നിഷേധിക്കാൻ വയ്യ പക്ഷെ ഇപ്പോ അതില്ലല്ലോ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് അത് പറയുന്നത് ഇതാണ് യുക്തി സാധാരണ പറയുന്നത് ജാഗ്രതത്തിൽ സ്വപ്നം ബാധിച്ചു പോകുന്നു അതുകൊണ്ട് സ്വപ്നം അസത്യമാണ് എന്ന് പറയുന്നു അപ്പൊ പിന്നെ ഏതാ സത്യം ഇത് സത്യം എന്നാണ് ഊണ് പറയുന്നത് ഇത് സത്യമാണെങ്കിലല്ലേ പറയാൻ പറ്റുമോ ഇത് അത് ബാധിച്ചു പോയി അങ്ങനെ ശരി അങ്ങനെയാണെങ്കിൽ അതിലിതും ബാധിച്ചു അപ്പൊ ഇതും അസത്യമാണല്ലോ അത് പറയുന്നുണ്ടോ ഇതിന് സത്യമെന്ന് കണ്ടാലേ അത് അസത്യം എന്ന് പറയാൻ പറ്റും ബാധിക്കുകയാണെന്ന് പറയണെങ്കിൽ ഇതിൽ അത് ബാധിക്കുന്നു അതിലിത് ബാധിക്കുന്നു സ്വപ്നത്തിൽ ജാഗ്രത ഇല്ല ജാഗ്രത സ്വപ്നമില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് നിഷേധിക്കാൻ വയ്യ എന്താണ് ഇത് അസത്യമാണ് ജാഗ്രത അസത്യം എന്ന് പറയാൻ പയ്യോ ഈ അനുഭവം അസത്യമാണെന്ന് പറയാൻ വയ്യ ഇത് എന്തുകൊണ്ട് സത്യമായി അനുഭവിക്കുന്നു ജാഗ്രത അസത്യമാണ് നമ്മൾ എന്താഗ്രഹിക്കുന്നത് ഈ ജാഗ്രത അസത്യമാണെന്ന് ബോധിക്കണം അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല കാരണം സത്യത്തെ എങ്ങനെ അസത്യമായി ബോധിക്കും നമ്മുടെ അനുഭവം എന്താ നമ്മുടെ അനുഭവം സത്യമാണെന്നാണ് സത്യം മാത്രമേ പരമാർത്ഥമായിട്ടുള്ളൂ ഈ സത്യമാണെന്ന് അനുഭവിക്കുമ്പോൾ എങ്ങനെയാ നിഷേധിക്കാൻ പറ്റും പരമാർത്ഥത്തെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും ഉള്ളതിനെ ഉള്ളത് പോലെ അനുഭവിക്കുമ്പോ എങ്ങനെയാ അതിനെ നിഷേധിക്കുന്നത് അതുകൊണ്ട് ഇത് ഉള്ളതാണ് ഇത് സത്യമാണ് ഇതെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇത് അനുഭവപ്പെടുന്നത് വേറെ രീതിയിലും എല്ലാം അനുഭവപ്പെടുന്നത് ജാഗ്രത സത്യമാണ് സ്വപ്ന സത്യമാണ് മനസപ്രത്യങ്ങളെല്ലാം സത്യമാണ് ഇതാണ് അദ്വൈതം പറയുന്നു യഥാ സ്വപ്നബോധ അപേക്ഷ ദുഷ്ടവിഷി അനുദത്വം നസ് ദുഷ്ടവിഷിയാണിത് സ്വത ഇതൃതമല്ല നിങ്ങള് പറയുന്നത് അസത്യമാണെന്നും സ്വപ്നവുമായി താരതമ്യം പറയുന്നു അങ്ങനെ പറയാൻ പറ്റൂ സ്വയം പറയാൻ പറ്റത്തില്ല ഇത് അസത്യമാണെന്നും അസത്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയേണ്ടി വരും ഇത് എനിക്ക് അനുഭവപ്പെടുന്നില്ല ഞാൻ ജാഗ്രതയിലല്ല ജാഗ്രത അനുഭവപ്പെടുന്നില്ല എന്ന് ജാഗ്രതയിൽ പറയാൻ പറ്റുമോ നമ്മുടെ ജാഗ്രതയിലാണ് സ്വപ്നത്തിലെല്ലാം സുഷത്തിയിലല്ല ജാഗ്രത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് അസത്യം എന്ന് പറയണമെങ്കിൽ ഒരാൾ പറയണം ഇതെനിക്ക് അനുഭവപ്പെടുന്നില്ല ആകാശപുസുമോലെയാണ് അതൊരിക്കലും ജാഗ്രതയിൽ പറയാൻ കഴിയുന്നില്ല ജാഗ്രത സത്യമായി അനുഭവപ്പെടുന്നു അതുകൊണ്ട് ഇത് സത്യം തന്നെയാണ് അതുപോലെ സ്വപ്നത്തിൽ എന്തൊക്കെ അനുഭവപ്പെട്ടു അതല്ല സത്യമായി അനുഭവപ്പെട്ടു അത് സ്വപ്നവും സത്യമാണ് ജാഗ്രത സ്വപ്നവും സത്യമാണെങ്കിൽ സത്യം മാത്രമേ ഉള്ളൂ ഇതിനെ വേർതിരിക്കുക മാനസം ബാഹ്യം അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല എന്നുണ്ട് മനസ്സം തന്നെയാണ് ബാഹ്യം ബാഹ്യം തന്നെയാണ് മാനസം അങ്ങനെ വേർതിരിക്കാനാണെങ്കിൽ ഒരു വലിയ സമർത്ഥനായൊരു ഒരു ശില്പി അത് ഏതുപോലെയാണ് ഒരു ശില്പി ഒരു ശിലകൊണ്ട് മനോഹരമായൊരു ശില്പത്തെ ഉണ്ടാക്കി ആ ശില്പത്തെ അയാൾ ശ്രമിക്കുകയാണ് ആ ശില്പത്തിൽ ശിലയിൽ നിന്ന് വേർപെടുത്തുക അതിനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് അയാൾ തന്നെയാണ് അത് സൃഷ്ടിച്ചത് അയാളെ മനോഹരമായി ആ ശില്പത്തെ ആ ശിലയിൽ സൃഷ്ടിച്ചു പക്ഷെ സൃഷ്ടിച്ചതിന് ശേഷം എന്താണ് ഞാനല്ലേ സൃഷ്ടിച്ചത് ഞാൻ എൻ്റെ ചെയ്യും ശില്പത്തെ ശിലയിൽ നിന്ന് മാറ്റും സാധ്യമാണോ ശരിയിൽ നിന്ന് ശില്പത്തെ മാറ്റാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ മാനസത്തിൽ നിന്ന് ബാഹ്യത്തെ മാറ്റാൻ പറ്റത്തില്ല ബാഹ്യത്തിൽ നിന്ന് മാനസത്തെയും മാറ്റാൻ പറ്റത്തില്ല ഇതൊന്നാണ് മാനസം മനസ്സിന്റേതാണ് ബാഹ്യം എന്നാണ് അത് വേർതിരിക്കാൻ അത് വേർതിരിക്കാൻ ശ്രമിച്ചാൽ അത് ശരീരിൽ നിന്ന് ശില്പത്തെ പോലെ ആയിരിക്കും അതൊരിക്കലും സാധ്യമല്ല എന്താണ് അതൊന്നാണ് ഏകമാണോ ഏകമേവർദ്ധീയം മാനസം തന്നെ ബാഹ്യം ബാഹ്യം തന്നെ ഇതിന് പറയുന്ന പേരെന്താണ് പരമാർത്ഥം സത്യം എന്ന പക്ഷേ അപ്പോ മുമ്പ് പലതും അങ്ങനെയല്ലോ സത്യം മിഥ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വാചാരംഭണം മിക്കാരോ നാമധേയം സത്യം എന്ന് പറഞ്ഞ എന്താ എന്റെ താല്പര്യം വാചാരംഭണം മിക്കാരവും എന്ന് പറഞ്ഞില്ലേ അത് അന്നതം പറഞ്ഞില്ലേ വൃത്തികയെ ജീവസത്യം വൃത്തിക മാത്രമാണ് ഏവാ എന്ന് പറഞ്ഞുണ്ട് ബ്രഹ്മസത്യം ജഗന് മിഥ്യ എന്ന് പറയുന്നു ഇതുവരെ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു ജാഗ്രത സ്വപ്നം സത്യം നോവ പറഞ്ഞു എന്താണ് സ്വപ്നം ജാഗ്രതയിലില്ല സ്വപ്നം അസത്യമാണ് ജാഗ്രത സ്വപ്നത്തിലില്ല നമ്മള് ജാഗ്രത അസത്യമാണ് ഒരവസ്ഥയിൽ വേറൊരവസ്ഥയില്ല ബാധിച്ചു പോകുന്നു ഇത് സ്വപ്ന തുല്യമാണ് എത്രയോ സ്ഥലത്ത് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത് മാനസപ്പെടുത്തിയങ്ങൾ സത്യമാണ് അതിനെന്ത് സമാനം പറയുന്നു വിശേഷാകാരം മാത്രം നിമിത്തമിതി മൂന്ന് രൂപങ്ങൾ സത്യമാണ് എന്താണ് പ്രത്യേക പറഞ്ഞപ്പോ പറഞ്ഞു ഈ മൂന്നെണ്ണം സത്തിന്റെ സങ്കല്പ രൂപത്തിൽ ഉണ്ടായിണം സൃഷ്ടിച്ചു എന്നിട്ട് അവിടെ പറഞ്ഞു ഇതെല്ലാം സത്യമാണ് ഈ മൂന്ന് രൂപങ്ങൾ എന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്ന എന്താണ് വാചാരംഭ നാമധേയം മൃത്തികീ ദേവ സത്യം എന്ന് പറഞ്ഞു അവിടെ പിന്നെ എന്തിനാണ് മിഥ്യ എന്ന് പറഞ്ഞത് വചാരംഭണം എന്ന് പറഞ്ഞത് പറയുന്നു ഇത് സത്യം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ അവിടെയും പറഞ്ഞത് മൃത്തികേ ത്തേവസത്യം എന്ന് പറഞ്ഞാലോ എന്റെ അർത്ഥം മൃത്തിക അല്ലാതെ രണ്ടാമതെന്നുണ്ടെന്നാണോ എന്റെ അർത്ഥം അല്ലല്ലോ നിങ്ങളെന്താ ധരിക്കുന്നത് ശില ശിലയിൽ നിന്ന് വേറിട്ടൊരു ശില്പം ആ ശില്പം അസത്യം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് അതിന്റെ അർത്ഥത്തെ അങ്ങനെ ധരിക്കരുത് ശില ശിലയിൽ നിന്ന് വേറിട്ടൊരു ശില്പമില്ല അതുകൊണ്ട് സത്യം അതാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഒരാളങ്ങനെ കരുതുകയാണ് എന്താണ് ഇതുവരെ ഇവിടെ ശില്പം ഉണ്ടായിരുന്നില്ല ഇവിടെ ശില മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ പുതുതായിട്ടൊരു സാധനം വന്നതാണ് ശില്പം എന്ന് കരുതുകയാണെങ്കിൽ പറയുന്നു വിശേഷാകാരം അതിന് കല്പിക്കുകയാണ് ശിലയിൽ നിന്ന് വേറിട്ടൊന്നു എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ പറയുന്നു അത് അനർഥം അപ്പം നിങ്ങളുടെ ആ ധാരണയിലാണ് ഇവിടെ അനധത്വം എന്ന് പറയുന്നത് പരമാർത്ഥത്തിന് പരമാർത്ഥത്തിൽ അനദത്തിന് കഴിയില്ല വെളിച്ചത്തിൽ ഇരുട്ടിന് ഇരിക്കാൻ കഴിയത്തില്ല അത് വെളിച്ചം മാത്രമാണ് വെളിച്ച വെളിച്ചത്തിന്റെ സ്വരൂപത്തിൽ ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം ശില തന്നെയാണ് ശില്പമായിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു വിശേഷാകാരം ശിലയ്ക്ക് ഒരു വിശേഷാകാരം ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു അവിടെയാണ് അതിനു എന്ന് പറയുന്നു അല്ല ശിലയിൽ നിന്ന് വേറിട്ടൊരു ശില്പമുണ്ടായി അതിന പറയുന്നത് ഇവിടെ രണ്ടില്ല ഏകമേ പദ്ധതിയും ഒന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ആ മിഥ്യ വരുന്നു ബ്രഹ്മസത്യം മിഥ്യ ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ മിഥ്യയായ ഒരു ജഗത്ത് അങ്ങനൊരു കല്പന മനസ്സിൽ വരുന്നു മിഥ്യയായ ഒരു ശില്പം അങ്ങനൊന്നുമില്ല ശില മാത്രമേ ഉള്ളൂ സത്ത് മാത്രമേ ഉള്ളൂ പ്രപഞ്ചം സത്യമാണ് എന്ന് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല അത് ഏതുപോലെയാണോ ശില്പ ശിലയാണെന്ന് പറയും പോലെയാ അതിനെന്താ തെറ്റ് നമ്മളീ കാണുന്ന ശില്പം അത് ശിലയാണ് അതുപോലെ നമ്മളീ കാണുന്ന പ്രപഞ്ചം സത്യമാണ് ഇതാണ് ഭാഷകാലം പറയുന്നതിന് താല്പര്യം അത് യാതൊരു തെട്ടുകളുണ്ട് അത് പറഞ്ഞിട്ടുള്ളത് ബ്രുമ്പോൾ സത്യം അത് ജഗത്തിനെ കുറിച്ചും പറയാം ഈ ജഗത്ത് സത്യമാണ് സദേവ അങ്ങനെ പറയുന്നതാണ് പരമാർത്ഥം പക്ഷെ നിങ്ങൾ വേറെ കാണുന്നു സത്യത്തിൽ നിന്നും വേറിട്ടൊരു ദൃശ്യത്തെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ശരിയല്ല സത്യമാണിത് അസത്യം തന്നെയാണ് ഈ ദൃശ്യമായി അനുഭവപ്പെടുന്നത് സത്യത്തിൽ നിന്ന് വേറിട്ടൊരു ദൃശ്യമില്ല ശില തന്നെയാണ് ശില്പമായി അനുഭവപ്പെടുന്നത് അല്ല വേറിട്ടൊന്നുമില്ല എന്ന് പറയുന്നതിന് എന്താ ദോഷം അങ്ങനെ പറയുമ്പോൾ സത്യത്തെയും മിഥ്യെയും വേർതിരിക്കാൻ പറ്റത്തു സത്യം തന്നെയാണ് പ്രതീതമാകുന്നത് സത്യം ഇവിടെ അടുത്ത് പറയും ആ പരമാർത്ഥത്തെ പറയുമ്പോൾ സത്യം സത്യമായിട്ട് തന്നെ പ്രതീതമാകുന്നു എന്തുകൊണ്ടാണ് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഭേദം കൂടാതെ വേദാന്തം പഠിച്ചവനെന്നോ ശ്രുതിയെ ശ്രവണം ചെയ്തവനെന്നോ ഒന്നും ഭേദമില്ലാതെ സർവ്വ ജീവന്മാരും ഈ പ്രപഞ്ചത്തെ സത്യമായി അനുഭവപ്പെടും അറിയുന്ന എന്തുകൊണ്ട് ഇത് സത്യമായതുകൊണ്ടാണ് ഇത് പരമാർത്ഥമായതുകൊണ്ടാണ് സ്വപ്നം പോലും പരമാർത്ഥമാണെന്ന് പറഞ്ഞ് വന്നാൽ അതിന്റെ ജാഗ്രത എങ്ങനെ നമ്മൾ പറയും ആ ഈ പ്രപഞ്ച സത്യം എന്ന് പറയുന്നവൻ ഭൗതികവാദി ഇത് മിഥ്യ എന്ന് പറയുന്നവൻ ജ്ഞാനി എന്ന് പറയും അപ്പൊ ഇതിന്റെ പരമാർത്ഥം മനസ്സിലാകാതെയാണ് ഒന്നും അറിയാത്തവൻ ഇത് സത്യമാണെന്ന് പറയുമ്പോൾ അവൻ പറയുന്ന പരമാർത്ഥം തന്നെ ഇത് സത്യം തന്നെയാണ് പറഞ്ഞു വരുന്നതിന് താല്പര്യം പരമാർത്ഥം മാത്രമേ ഉള്ളൂ ഏകമേവ അതിന് സർവംഖിതം ബ്രഹ്മ സത്യം തന്നെയാണ് അസത്യം എന്ന് പറഞ്ഞിവിടെ നിഷേധിക്കാനൊന്നുമില്ല ആ തരത്തിൽ ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഒരു സാധാരണഗതിയിൽ നിന്ന് ഒരാൾക്ക് അത്ര എളുപ്പമല്ല ആ രീതിയിൽ അത് ബോധ്യപ്പെടുന്ന അതുകൊണ്ട് ഇത് പരമാർത്ഥമാണെന്ന് ബോധിപ്പിക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് പറയും സത്യ അംഗതയോർമിഥുനീകൃത്യ ഇതരേതര വിവേകീന എന്നാ നമ്മൾ പൊടിച്ച് ആദ്യം ഇവിടെ ഒരു സത്യത്തെ മാറ്റി വയ്ക്കുന്നു പിന്നെ ഒരു മിഥ്യായ ഒരു ജീവിതത്തിനെ മാറ്റിവെക്കുന്നു പിന്നെ ഇതിന്റെ കൂടിക്കല്ലറ് പിന്നെ ഇതിന്റെ വിവേകം ആത്മാനാത്മവിവേകം ഇങ്ങനെയുള്ള പല പ്രക്രിയകളിലൂടെ മനസ്സിന് നടത്തിക്കുന്നു അതാവശ്യമാണ് കാരണം അവൻ അത് കഴിയുമോ നിങ്ങളൊരു ശില്പത്തെ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ചിലയെന്നറിയാൻ പറ്റുമോ പറ്റത്തില്ല അതറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവന്റെ ആസ്വാദനം നഷ്ടപ്പെടും ചിത്രത്തെ കണ്ടിട്ട് കേവലം അത് ക്യാൻവാസാണെന്ന് കണ്ടുകഴിഞ്ഞാ പിന്നെ പിന്നെ അവനത് ആസ്വദിക്കാൻ പറ്റത്തില്ല അപ്പോ ആ ജീവ മനസ്സ് ഈ ശില്പത്തെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് വസിലായിട്ടും കൂടി അവിടെ അതിനെ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല ആ ശില്പബ ബോധത്തിൽ നിന്ന് അവനെ ശരിയായ ശരി ആ ബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്തുകൊണ്ട് അവന്റെ മനസ്സാ ശില്പബോധത്തിനാണ് അതിനങ് മുഴുകിയിരിക്കുകയാണ് അതെങ്ങനെയോ സംഭവിച്ചു പോയി അങ്ങനെ സംഭവിച്ചു അതിന് മായയെന്നോ അവിദ്യയെന്നോ എന്നൊക്കെ പറയും അതിൽ നിന്ന് അവനെ തിരിച്ച് ആ ശില്പോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവനെ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം ചെയ്യുന്നു ഒന്നിനെ രണ്ടാകുന്നു ്രഹ്മസത്യം പിന്നെ രണ്ടാമത് ജഗത് മിഥ്യ രണ്ടാകും രണ്ടാക്കി അവനെ ക്രമേണ അവനെ ആ ശില്പോധത്തിൽ നിന്ന് മാറ്റി ശിലാബോധത്തിലേക്ക് കൊണ്ടുവരുന്നു സർവം സത്യം സർവം കൊല്ലിതം ബ്രഹ്മ അപ്പൊ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതല്ല ഇന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിട്ടില്ല എന്താണ് ഇത് ശില്പം വേറെ ശില വേറെ എന്നിങ്ങനെ എന്നും നിക്കാൻ വേണ്ടിയിട്ടല്ല അതിന് വേണ്ടിയിട്ടല്ല പറയുന്നത് കാരണം അവൻ അതിന് മുഴുകിപ്പോയി മനസ്സിനെ ആ ശില ആകർഷിക്കുന്നുണ്ടല്ലോ പക്ഷെ ശില്പം ആകർഷിക്കുന്നു അതെങ്ങനെയുള്ള ശില്പം ആ ശിലയിൽ നിന്ന് വേറെ അല്ലാതെയുള്ള ശില്പം അതാകർഷിക്കുന്നു അതാണ് വൈദ്യുതിയും അതുകൊണ്ടാണ് ഇവിടെ ശങ്കരാചാര്യർ പറയുന്നത് മായ രണ്ടും ഒന്നായിരുന്നിട്ട് കൂടി ഒന്നവനെ ആകർഷിക്കുന്നേയില്ല അവിടെ ശില്പം ഉണ്ടാകുന്നതുവരെ ചിലവനെ ആകർഷിച്ചില്ല അവനതിന് കണ്ടതുകൂടിയില്ല അവനതിനെ അവഗണിച്ചു പക്ഷെ അത് ശില്പഭാവം വന്നപ്പോൾ അവൻ്റെ മനസ്സിലെന്തെല്ലാം വന്നു അവൻ പറയും എന്താണോ ആ ശില്പ അതിൽ ജീവനുണ്ട് അതിനവൻ വർണ്ണിക്കും അപ്പോൾ അതിലവൻ മുഴുകും അവൻ്റെ മാനസികമായി അതിന് ജീവനെയൊക്കെ അവനുണ്ടാക്കിയെടുക്കും ഈ ഒരു മാറ്റം മനസ്സിന് വന്നിരിക്കുന്നു വാസവത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ തന്നെ അവിടെ ഒരു എന്താണോ ഒരു കൂടിക്കുഴച്ചിലുണ്ട് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു സംഭവിക്കുന്നുള്ള നമ്മളെ അനുഭവമാണല്ലോ എന്തുകൊണ്ടോ ആയിക്കൊള്ളട്ടെ ചില കാണുന്ന പോലെ അല്ലല്ലോ നമ്മൾ ശില്പത്തെ കാണുന്നു മനസ്സിലെന്തോ അത് സംഭവിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് അത് ചില തന്നെ കണ്ടാൽ പോരോ എന്നീ വിധി അത് ആരോട് ചോദിക്കാൻ സിനിമാക്കനും കാണുന്നില്ല ചിലപ്പത്തെ കാണുന്നു ഈ കൂടിക്കുഴച്ചിൽ അതിനാണ് പറയുന്നത് മായ അസംഭവിച്ചിരിക്കുന്നു അപ്പൊ അവനെ പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റി ഇത് ചില ബോധിപ്പിക്കാൻ പറ്റത്തില്ല അവിടെ വളരെ രസാവകാശം ആത്മാനാത്മവിവേകം പറയുന്നു ആത്മാവാണ് പഞ്ചകോശ വ്യതിരിക്തം സാക്ഷി ഇങ്ങനെയെല്ലാം പറഞ്ഞു ഇതിൽ നിന്നൊക്കെ വേറിട്ടൊന്നും അങ്ങനെ സാവകാശമല്ലേ മനസ്സിലാക്കാൻ പറ്റൂ എളുപ്പമാണോ ശില്പത്തിൽ നിന്ന് ശിലയു വേടതിരിക്കുക വളരെ സൂക്ഷ്മത ആവശ്യമാണ് എന്നാലേ ഇവിടെ നമുക്കിഷ്ടം ഈ ശില്പത്തെ കാണുന്നു അതിൽ അഭിരമിക്കുന്നതാണ് ജീവന്റെ മനസ്സ് ആ ശില്പത്തിൽ നമ്മൾ പ്രത്യേകിച്ച് സൗന്ദര്യം കാണുന്നില്ല ഇല്ലാത്തത് ശിലയിൽ പ്രത്യേകിച്ച് സൗന്ദര്യം കാണുന്നില്ല നമ്മൾ ശില്പത്തെ ഉണ്ടാക്കിയത് ഇവിടെ പറയുന്നത് എന്താണ് ആ സൗന്ദര്യം അവിടെ വന്നത് ആ ശിലയിലിരുന്നത് തന്നെ ശില്പത്തിൽ എന്തെങ്കിലും സൗന്ദര്യത്തെ കാണുന്നുണ്ടെങ്കിൽ അത് ശിലയിലെ സൗന്ദര്യമാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ് പുറമേ നിന്നും വന്നില്ലല്ലോ ശിലയുടെ സൗന്ദര്യം തന്നെയാണ് ശില്പം അതുകൊണ്ട് പരമാർത്ഥം ആ സത്യം ആ സത്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ പ്രതീതമാകുന്നത് ആ ആനന്ദം തന്നെയാണ് പ്രപഞ്ചത്തിൽ പ്രതീതമാകുന്നത് ആ ജ്ഞാനം തന്നെയാണ് ഈ പ്രപഞ്ചാനുഭവം സച്ചിതാനന്ദം അവിടെ പിന്നെ രണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണ് മാനസ ഇവ ബാഹ്യ ബാഹ്യ ഇവ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അദ്വൈതം വരും ഇതെങ്ങനെയാ ഇതിനെ ബോധ്യപ്പെടുത്തുന്ന ഒരാളെ അത് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല സ്വയം ബോധ്യപ്പെട്ടാലേ പറ്റും പറയാം പക്ഷെ ബോധ്യപ്പെടുന്നത് സ്വയമേ സാധ്യമാ വേറെ ഒക്കെ ഇത് ബോധ്യപ്പെടുത്തി തരാൻ പറ്റില്ല ഒരു ഗുരു വിചാരിച്ചാലും ഇത് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല ഒരു ഗുരു ഇത് ഒരു ശിഷ്യന് ഇതുവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ല അവരവർ ബോധ്യപ്പെടുന്നവധ്യപ്പെടുത്തി തരുന്നത് എന്നാലും അതിനുള്ള ശ്രമം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് ഇവിടെ ഭക്ഷിക്കാരൻ അതിനെ വീണ്ടും ആ രീതിയിൽ അവർക്ക് മുമ്പ് ഈ പറഞ്ഞതും തമ്മിൽ വിരോധം അല്ല മുമ്പ് ഒരു തലത്തിൽ പറയുന്നു അതിനെ മനസ്സിലാക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആത്മാഅനാത്മവിവേകം സത്യമിഥ്യാ വിവേകം നമ്മൾ യുഷ്മസ്മത് പ്രത്യു എന്നെല്ലാം പറഞ്ഞിടത്ത് എങ്ങനെയാ അത് വേറെ രീതിയിലാ ചരച്ചത് രണ്ടാക്കി മാറ്റി സത്യം രണ്ടും മനസ്സായിരിക്കുന്നു ഇത് ഒരദ്വിതീടെ ഈ ജഗത് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോ പറയുന്നത് സമ്പ്രദായ വിരുദ്ധമായ കാര്യമില്ലേ പറയുന്നത് ഇതാണോ സമ്പ്രദായം ഇവിടെ സമ്പ്രദായ ഭാഷകാരനാ പറയുന്നത് എന്താണോ ഇതെല്ലാം സത്യമാണ് ബാഹ്യായവ മാനസ മനസ്സായവ ബാഹ്യ മുന്ന മാനസപ്രത്യ സത്വപ്രേഹി മാനസപ്രത്യങ്ങളെല്ലാം സത്താണ് സ്വപ്നത്തിന് സത്യം എന്ന് പറഞ്ഞാൽ ജാഗ്രത സത്യമാണ് ജാഗ്രത സത്യം എന്ന് പറയുന്ന പോലെ തന്നെ സ്വപ്നവും സത്യമാണ് സത്യം മാത്രമേ ഉള്ളൂ രണ്ടാമതൊന്നുമില്ലല്ലോ നേതാക്കൾ ജഗത് മിഥ്യ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചർച്ച അദ്വൈതത്തിലുണ്ട് അത് ശരിയാണ് പക്ഷേ അത് നമ്മൾ ധരിച്ചിരുന്നത് പോലെയല്ല അല്ലെങ്കിൽ ധരിക്കുന്നത് പോലെയല്ല അതിനുള്ള ഭാഷകാരം വ്യക്തമാക്കുന്നു അപ്പം വിശേഷാകാരം മാത്രം സർവേഷാം മിഥ്യാപ്ര നിമിത്തം എന്നുള്ളത് കൊണ്ട് ആചാരംഭണം വികാരവും നാമധേയം ആനർദം ത്രിനിർപാണി ദേവ സത്യം എന്നെല്ലാം മുമ്പ് പറഞ്ഞത് ആ രീതി മനസ്സിലാകും അത് ശരയെയും ശില്പത്തെയും പോലെ മനസ്സിലാക്കണം സത്യത്തിൽ നിന്നിവിടെ വേർതിരിക്കാൻ ഒന്നുമില്ല കാരണം സത്യം വേകമാണ് സത്യത്തിൽ നിന്ന് വേർതിരിക്കാൻ രണ്ടാവുന്നില്ല നദ്വിതീയം അദ്വിതീയം അദ്വൈതം അതൊന്നു തന്നെ ഈ രൂപത്തിൽ എന്നാലും നമ്മുടെ മനസ്സ് വേറെ ആയിട്ട് ഗ്രഹിക്കുന്നു ആ ധാരണയെ മാറ്റണമല്ലോ ആ ധാരണയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച അനർഥം താനിയപ്പി ആകാര വിശേഷതോ അനർഥം സ്വത സന്മാത്ര രൂപതയാ സത്യം അവിടെ ആകാരം എന്ന് പറയുന്നത് ആകാരം പറഞ്ഞാൽ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുന്ന ശില്പം ശില്പം അവിടെ ഒരു അനർഥത്വുണ്ട് പക്ഷേ കാരണം ആകാരവിശേഷത്വം അനർഥം ശിലയിൽ നിന്ന് വേറിട്ട ഒരു ശില്പമെന്നുള്ളത് അനർത്ഥമാണ് അതാണ് ആകാരവിശേഷം എന്ന് പറയുന്നത് അത് എന്താ പ്രയാസം മനസ്സിലാക്കാം ശിലാരൂപത്തിൽ അത് സത്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലങ്ങനെ തോന്നിപ്പോകുന്നു ഇത് വേറിട്ടൊന്നാണ് പക്ഷെ അത് അംഗതം സ്വത സന്മാത്രരൂപതയാ സന്മാത്രരൂപമായി ശിലാരൂപത്തിൽ അസത്യമാണ് ഇത്രയേ ഉള്ളൂ മിഥ്യെന്ന് പറയുന്നതിന്റെ താല്പര്യം അതിലൂടെ ഭാഷകാരം പറയുന്ന ഒരു വിശേഷാകാരം വേറിട്ട ഒരാകാരം സത്യം നിന്ന് വേറിട്ട ഒരാകാരം എന്നാ അപ്പോ ഇതൊന്നും മനസിലാക്കാത്ത ഒരു സാധാരണ ഒരുവൻ പറയുന്നു ഈ ജഗത്ത് സത്യമാണ് ഒരാജ്ഞൻ പറയുന്നു അതാണോ അതീതവും പറയുന്നത് എന്ന് ചോദിക്കും അപ്പൊ ഇതെല്ലാം മനസിലാക്കി വന്നതിന് ശേഷം ജഗസത്യമാണ് എന്ന് പറയുന്നു ശങ്കരായ പറയുന്നു ബ്രഹ്മസത്യം എന്ന് പറയുന്നു അപ്പോ ഈ അജ്ഞൻ അപ്പൊ ഞാൻ പറയുന്നതാണ് നേരത്തെ വിശദീകരിച്ചത് ആ ഒരു ഭാഗമാണ് നീ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് സത്യം എന്ന് പറയുമ്പോൾ ശിലയിൽ നിന്ന് വേറിട്ട ഒരു ശില്പം എന്നാണ് അവൻ പറയുന്നത് അവിടെ നിഷേധിക്കുന്നതല്ല അത് ശില തന്നെയാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധത്തിൽ രൂപത്തിലിവിടെ അനുഭവപ്പെടുന്നത് എല്ലാം സത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ഇത് സത്തായി നമുക്ക് അനുഭവപ്പെടുന്നതും ഗീത ഭാഷയത്തിൽ നസതോ വിദ്യതെ ഭാവോ എന്നുള്ള ഭാഗത്തും അത് ചർച്ച ചെയ്യും ഈ ചർച്ച രണ്ട് തരത്തിലാണ് ചിലപ്പോ ആ സത്യ എന്ന് പറയുന്ന ഭാഗത്തിന് പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യും ചില സമയം അനർഥ ബുദ്ധിയെ തിരസ്കരിക്കുന്നതിന് വേണ്ടി അനർദോ എന്ന് പറയുന്ന ഭാഗത്തിന് പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യും അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് രണ്ട് കാര്യങ്ങളെപ്പോലെ ചർച്ച ചെയ്യുന്നത് ഇത് രണ്ട് രണ്ടാണ് രണ്ടും ഒന്നല്ല എന്ന് നമുക്ക് തോന്നത്തക്ക രീതി ചർച്ച ചെയ്യുന്ന അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരും കാരണം മനസ്സിൽ അങ്ങനെ രൂഢ മൗലമായി പോയി എങ്ങനെയോ മനസ്സങ്ങനെ ധരിച്ചു ഇത് വേറെയാണ് എന്ന് അതിൻ്റെതായ തകരാറുകളും ചില ആകർഷിക്കുന്നില്ല ചിലപ്പം ആകർഷിക്കുന്നു അതുപോലെ സത്ത് നമ്മളെ ആകർഷിക്കുന്നില്ല ഈ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ആകർഷിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു പോയി അതുകൊണ്ട് ഓരോന്നിനു പ്രാധാന്യം കൊടുത്ത് ഓരോന്ന് ചർച്ച ചെയ്യുന്നുള്ളു പരമാർത്ഥത്തിൽ എന്താണ് സത്യം മാത്രം മാത്ര രൂപതയാ സത്യം ഇതല്ല അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം നിങ്ങളീ കാണുന്ന വിശേഷാകാരങ്ങളും ശില്പവും ശിലാരൂപത്തിൽ സത്യമാണ് ശില തന്നെ അതുപോലെ ശബ്ദസ്പർശ രൂപാത്മകമായി അനുഭവപ്പെടുന്ന ഇതെല്ലാം സത്താണ് അതുകൊണ്ടാണ് നമ്മളിതിനെ സത്തെന്ന് അറിയുന്നത് ശബ്ദമസ്തി രൂപമസ്തി രസമസ്തി ഗന്ധമസ്തി അങ്ങനെ സത്തായിട്ടാണല്ലോ നമ്മളിതിനെ അനുഭവപ്പെടുന്നത് അസത്യമായിട്ട് ആരെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ ജഗത് മിഥ്യാണ് ഈ സ്റ്റേജിലിരുന്ന് പറയുന്ന സ്വാമി വേറെ ആരെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ ഇത് മിഥ്യയാണ് സ്വാമി അനുഭവപ്പെട്ടിട്ടാണോ പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞു താനും പറയുന്നു ഉദരനിമിത്തം പറയുന്നു അല്ലാതെ അങ്ങനെ അനുഭവപ്പെടാൻ ഒരു ജഗത്തുണ്ടോ ഇവിടെ മിഥ്യയായി അനുഭവപ്പെടാം അങ്ങനെ ആർക്കെങ്കിലും ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ മിഥ്യയായി ശില്പത്തെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ശില്പത്തെ ശിലയായിട്ട് അനുഭവിക്കാൻ പറ്റൂ അല്ല മിഥ്യയായിട്ട് അനുഭവിക്കാൻ പറ്റത്തില്ല അങ്ങനെ അവർക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല ചിലപ്പം പറയാ നമ്മളിങ്ങനെ ആനങ്കാരിക ഭാഷ പറയും ജഗത്തിന ഇങ്ങനെ മിഥ്യയായി അനുഭവിക്കുന്നു എന്നെല്ലാം പറയും എന്താ മിഥ്യയായിട്ട് അനുഭവിക്കുന്നു മിഥ്യയായിട്ട് അനുഭവിക്കാൻ ഇവിടെ ഒരു ജഗത്തുണ്ടോ അല്ലല്ലോ പറയുന്നതാണ് സന്മാത്രൂപതയാ സത്യം തത്മാത്രമാണ് അത് സത്യമാണ് പരമാർത്ഥമാണോ അത് വിശദമാകുന്നു സദാത്മപ്രതിബോധാത് സ്വയം സർവം സത്യമേവ സ്വപ്ന ദൃശ്യായി വ സാധാരണ പറയുന്നത് ഇത് മിഥ്യയാണ് ഏതുപോലെ സ്വപ്നവത്ത് ഇവിടെ പറയുന്ന എന്താണ് ഇത് സത്യമാണ് സ്വപ്നത്തെ പോലെ തിരിച്ചു പറയുക ഇത് വെച്ചുകൊണ്ടാണ് പല സമയവും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ള എല്ലാം പറഞ്ഞിട്ടുള്ളത് ജഗത് മിഥ്യാത്വം എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്നത് അല്ല നമ്മൾ ധരിച്ചിരിക്കുക എന്ന പോലെന്ന് വെച്ചാൽ നിങ്ങൾ ധരിച്ചിരുന്ന പണ്ട് ഞാൻ ധരിച്ചിരുന്ന പോലെ അല്ല നിങ്ങളൊക്കെ ശരിക്കാ ധരിച്ചിരിക്കുന്നു എന്തെങ്കിലും ധാരണ പെസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കേ വന്നിട്ടുള്ളൂ ഇത്രയും കാലം കൊണ്ട് ഇത് ധരിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താ കാര്യം എഴുന്നിട്ട് വേറെന്തെങ്കിലും പണിക്ക് പോവുക അസദാത്മ പ്രതിബോധം നമ്മുടെ ഭാഷ്യകാരൻ എങ്ങനെയാണോ ഇതിനെ ഇപ്പൊ ബോധിപ്പിച്ചത് സ്വവിഷയ പറഞ്ഞു ഇത് ജാഗ്രത്തിലെ വിഷയമായാലും ശരി സ്വപ്നത്തിലെ വിഷയമായാലും ശരി വിഷയമാണെന്ന് അംഗീകരിക്കുന്നുള്ളു ഇതെല്ലാം വിഷയരൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും എന്ത് ഈ ത്രിണി രൂപാണിന്ന് പറഞ്ഞത് ശ്രേണി രൂപമാണ് ഈ മൂന്ന് രൂപങ്ങളെന്ന് പറഞ്ഞിട്ട് ഉടനെ എന്താ പറഞ്ഞത് അസത്യമാണ് എന്ന് പറഞ്ഞു ഈ ഇപ്പൊ ഇത് വിഷയമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ സദാത്മപ്രതിബോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് എങ്ങനെയാണോ ആചാര്യം ബോധിപ്പിക്കുന്നത് ഞാൻ ഈ ആചാര്യൻ ആചാര്യൻ എന്നു പറയുമ്പോൾ നിങ്ങളാരും ഞാനെന്ന് ധരിച്ചു കളയരുത് ഇപ്പം ിദ്ധാരണ ഉണ്ടായിക്കളയുന്നു അപ്പോ സദാത്മപ്രതിബോധാത്മപ്രതിബോധ ആ സദാത്മ പ്രതിബോധം ഉണ്ടാകുന്നതിന് നമ്പ് സ്വവിഷയം ഇതെല്ലാം വിഷയവുമായി അനുഭവപ്പെടുന്നു എങ്ങനെ ഞാൻ എന്റെ വിഷയം അങ്ങനെ അനുഭവപ്പെടുന്നു സ്വപ്നത്തിലായാലും ശരി ഞാൻ എന്റെ ദൃശ്യങ്ങൾ ജാഗ്രതയിലായാലും ശരി ഞാൻ നീ യുഷ്മസ്മത് പ്രത്യേക പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള ഇത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ അനുഭവമാണ് കുഴപ്പമുണ്ടാകുന്നത് ഈ അനുഭവത്ത് നമ്മൾ പറയുന്നത് എന്താണോ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നിങ്ങനെ നമ്മൾ പറയുന്നത് ഒരു അർത്ഥമറിയാതെ ഒരു കുഴമ്പും ഇല്ലാതെ ഇതൊക്കെ എവിടെന്ന പറയുന്നത് അമ്പലപ്പറമ്പി എന്നുകൊണ്ടാണ് അവിടെന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ പിടിച്ചിറക്കി നല്ല പിടപ്പീര് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ പറയുന്നവര് മാനസായ പ്രാഗ് സദാത്മപ്രതിബോധ ആ സദാത്മപ്രതിബോധം ഉണ്ടാകുന്നതിന് നമ്പുസ്വ വിഷയേബി ഇത് വിഷയമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സർവം സത്യമേവാടു പറയണോ സർവവും സത്യം തന്നെയാണ് ഇങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് പലർക്കും അറിയത്തില്ല ഇതൊന്നും ആരും പഠിക്കത്തില്ല വിവേക ചൂടാമണി വിദ്വാൻമാരുടെ അടുത്ത് ഇത് പറഞ്ഞാൽ മനസ്സിലാവും അവിടെ ഇത് പറഞ്ഞിട്ടുണ്ടോ സർവ്വ സത്യമേവാ പറഞ്ഞിട്ടുണ്ടോ പറയുന്നു അങ്ങനെയാണെങ്കിലും സർവം സത്യമേവാ ഏതുപോലെ സത്യം സ്വപ്ന ദൃശ്യദൃശ്യം എങ്ങനെയാണോ സത്യമായിരിക്കുന്നത് അതുപോലെ ഇത് നശ്യത് വിരോധ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യവും ഇപ്പൊ പറയുന്ന കാര്യവുമായിട്ട് യാതൊരു വിരോധമില്ല ഈ ദ്വന്ദ്മകമായി ഈ പ്രപഞ്ചം ഇങ്ങനെ ജാഗ്രത സ്വപ്നത്തിനും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഞാൻ വിഷ ഈ എന്റെ മുമ്പിലുള്ള വിഷയം ഇങ്ങനെ വേർപിരിഞ്ഞ് അല്ലെങ്കിൽ ചിത്തും ജഡവുമായി പലതരത്തിൽ പറയും ദുർക്കും ദൃശ്യവുമായി സാക്ഷിയും സാക്ഷിഭാസ്യവുമായി ഇങ്ങനെ സാങ്കേതികമായി പല രീതിയിലും പറയാം ഇവിടഭാഷകാലം പറഞ്ഞു സ്വവിഷയെ അങ്ങനെയെല്ലാം അറിയുന്നുണ്ടെങ്കിൽ സ്വപ്നം പോലെ എങ്ങനെ സ്വപ്നം പോലെ ഇന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഉണരുന്നതുവരെ സ്വപ്നം കാണുന്നവനും സ്വപ്നദൃശ്യവുമായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു അല്ലെ ഉണർന്നവര് അങ്ങനെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഉണർന്നതിന് ശേഷം എന്താണ് അത് രണ്ടുമില്ല ഇവിടെ വന്നു കാണുന്നവനും കാഴ്ചയുമായി മാറി എന്നിട്ട് പറയുന്നു അത് അസത്യമാണ് അങ്ങനെ തിരിച്ചവിടെ പോയി പറയുക ഇത് അസത്യമാണോ അത് പറയാൻ കഴിയുന്നില്ല അതൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എന്താണ് ഈ വാ സ്വപ്ന ദൃശ്യത്തെ പോലെ ഇത് സത്യമാണ് ചില സത്യത്തെ സാക്ഷാത്കരിച്ചു എന്റെ ഗുരു സത്യത്തെ സാക്ഷാത്കരിച്ചാണ് അദ്ദേഹം ഇപ്പൊ എല്ലാം ബ്രഹ്മമായിട്ടാ കാണുന്നത് എല്ലാത്തിനും ബ്രഹ്മമായി കാണുന്നു അപ്പൊ സ്വപ്നം കാണുമ്പോഴും ഇതൊക്കെ ബ്രഹ്മമായിട്ടായിരിക്കും കാണുന്നത് ചിലർ ചോദിക്കുന്നത് സംശയമാണ് ജാഗ്രത എല്ലാത്തിനേയും ബ്രഹ്മമായി കാണുന്നു പക്ഷെ സ്വപ്നത്തിൽ സ്വപ്നം കാണുമ്പോൾ അവിടെയും ബ്രഹ്മമായിട്ടായിരിക്കും കാണുന്നത് അതേ സ്വപ്നത്തിൽ ഇനി മറ്റെന്തെങ്കിലും ആയിട്ടാണോ കാണുന്നത് അതിനുള്ളത് സംശയം എന്തുകൊണ്ടാണ് സ്വപ്നം അസത്യം ജാഗ്രസത്യം ഇങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട് അതിനെല്ലാം ഭാഷകാരം നിഷേധിക്കുന്നു എന്തുകൊണ്ട് ഇതെല്ലാം മാനസ ആണ് ഇതെല്ലാം ഒരേ ഒരു സത്ത് തന്നെയാണ് ഒരു ചിലയിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കിയാൽ മതി അത് ആണിനെ ഉണ്ടാക്കാം പെണ്ണിനെ ഉണ്ടാക്കാം പുഷ്പത്തെ ഉണ്ടാക്കാം വൃക്ഷത്തെ ഉണ്ടാക്കാം ഏതെല്ലാം ഉണ്ടാക്കിയാലും അതെല്ലാം ഒരു ചിലത് അനന്തമാറ്റം വരുന്നു അതുപോലെ ഒരേ ബോധത്തിൽ നിന്ന് ജാഗ്രത സ്ഫിരിക്കുന്നു സ്വപ്നം സ്ഫിരിക്കുന്നു ഇനി മറ്റെന്തെങ്കിലും സമാധി സ്മരിക്കുന്നു എന്തൊക്കെ സ്മുരിച്ചു കഴിഞ്ഞാലും എന്താണ് അത് കേവലമായ സത്തായ ബോധം തന്നെയാണ് അതിന് മാറ്റവുന്നതില്ല അതുകൊണ്ട് സർവം സത്യമേവാ സ്വപ്നത്തിൽ ചെയ്ത് ഇന്ന കശിത് വിരോധ അതുകൊണ്ട് ഇനി സ്വർഗ്ഗം എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ലേ ചില ജോലി അതൊക്കെ വാസ്തവമാണോ എന്നാ എല്ലാ സങ്കല്പവും വാസ്തവമാണോ അതാണ് പറയുന്നത് സ്വർഗമായാലും ശരി നരകമായാലും ശരി ബ്രഹ്മലോകമായാലും ശരി ഭൂലോകമായാലും ശരി സർവപ്രതീതികളും സത്യമാണ് തസ്മത് മാനസൈവ ബാഹ്യ ലൗകിക അരണ്യഹ സങ്കല്പാസ് പിത്രാദേ കാമാ അതുകൊണ്ട് അതും മാനസം തന്നെ ഇവിടെ വർണ്ണിച്ച ബ്രഹ്മലോകവും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സരസും മണ്ഡവും വൃക്ഷവും എല്ലാം ബ്രാഹ്മലൗക ബ്രഹ്മലോകത്തിലുണ്ടെന്ന് പറയുന്നത് അത് ഇതുപോലെ മാനസമാണ് ഇതും മാനസം ജാഗ്രതത്തിൽ വേറെ എന്തോ ആണെന്ന് ധരിച്ചിട്ടില്ലേ പറയുന്നു ജാഗ്രതത്തിലും അത് തന്നെ സ്വപ്നത്തിനും അത് തന്നെ ബ്രാഹ്മലൗകിക ബ്രഹ്മലോകത്തിലുള്ളത് അരണ്യദേഹ പിന്നെ പറഞ്ഞല്ലോ സങ്കല്പജാഹ പിത്ര മാനസമെന്ന് പറഞ്ഞാൽ തന്നെ അത് അസത്യമാണ് എന്നൊരു ധാരണയാണ് നമ്മുടെ മനസ്സിലമെന്ന് പറഞ്ഞാൽ തന്നെ അത് അസത്യമാണ് അതല്ല പിത്രാദേ കാ പിന്നെ അനുഭവങ്ങൾക്ക് വിശേഷതകളുണ്ട് അതിനെന്ത്ഷേധിക്കുന്നുണ്ട് നമ്മുടെ അനുഭവത്തിൽ പറയുമല്ലോ ചില പറയും സത്യസങ്കല്പന ഗുരു സത്യസങ്കല്പനാണ് സത്യസങ്കല്പുള്ളവരെന്നൊക്കെ പറയും ആ മഹാത്മാവ് സത്യസങ്കല്പനാണ് ആ മഹാത്മാവ് എന്ത് സങ്കല്പിക്കുന്നു ആ സത്യമായി ഭവിക്കുന്നു എന്നെല്ലാം പറയാറുണ്ടല്ലോ അതൊക്കെ ശരിയാണ് സത്യസങ്കല്പങ്ങൾ അനന്തസങ്കല്പങ്ങൾ ഇതെല്ലാം ഈ സത്യത്തിലുണ്ട് ഭാഷകാരൻ അംഗീകരിക്കുന്നു ീ പ്രപഞ്ച വൈചിത്രിയും അതിനീകരിക്കുന്നുണ്ട് ആ ശബ്ദസ്പർശ രൂപ ഭേദത്തിൽ തന്നെ ഉണ്ടല്ലോ ആ വൈചിത്രി അതുപോലെ അത്തരം സിദ്ധിയും ശുദ്ധിയും വിശുദ്ധിയും അശുദ്ധിയും അശുദ്ധിയും എല്ലാം ഉണ്ട് അതിനൊന്നും നിഷേധിക്കുന്നില്ല അതിൽ മഹത്തുക്കളും അങ്ങനെ അല്ലാത്തവരും ഉണ്ട് ഈ സൃഷ്ടിയിൽ അത് അതെല്ലാം സംഭവിക്കാം അതുകൊണ്ട് ബ്രഹ്മലോകമെന്ന് പറയുന്നത് ഈ ലോകം പോലെയാണോ എന്ന് രണ്ട് സങ്കല്പം അല്ലേന്ന് പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണ് ബാഹ്യ വിഷയ ഭോഗ അശുദ്ധിരഹിതത്വ ഇവിടെയുള്ള അശുദ്ധികളൊന്നും അവിടെയില്ല അതാണ് അല്ലേ ഇത് സമ്പ്രസാദനാണെങ്കിൽ തന്നെ ശ്രവണാദികളിലൂടെ ബോധം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് പറയുന്നില്ല ഉറങ്ങിയാൽ പോരാ അവിടെ സാധനയുടെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ലോകങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു ഈ ലോകം എന്ന് പറയുന്നത് എന്താണ് ബാഹ്യ അശുദ്ധിയുള്ള അനുഭവമായ ലോകമാണ് പാർത്ഥിവം ആപ്യം എന്നൊക്കെ പറയുന്ന ഈ ലോകം മറിച്ചതാണെങ്കിലോ ബാഹ്യ വിഷയഭോഗം ഈ ജാഗ്ര വിഷയഭോഗങ്ങളെപ്പോലെ അശുദ്ധിരഹിതത്വം അതവിടെ അശുദ്ധിയില്ല സങ്കല്പങ്ങൾ അതാണ് ആ സാധനയുടെ ഫലം അതിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ ആരാ സാധന ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നത് അശുദ്ധരഹിത ശുദ്ധ സത്വസങ്കല്പജന്യമാണത് ആ സാധകൻ വളരെ ഉച്ചകോടിയിലുള്ള ആളാണ് സാധാരണ കാര്യമല്ല ആ സാധന ചെയ്തയാൽ സാത്വികനാണ് അവിടെ സങ്കല്പം കൊണ്ട് പ്രാപിക്കുന്ന അത് വളരെ ശ്രേഷ്ഠമാണ് ഇത് നിരതിശയ സുഖ അവിടെ പോകുന്നവരെ നിരദിശയമായ സുഖത്തെ അനുഭവിക്കുന്നു കല്പാന്തം കേവല സുഖ അനുഭവത്തിൽ മാത്രമേ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നു സത്യാസ ഈശ്വരാണാം ഭവതി അവിടെ പോകുന്നവർ ഈശ്വരന്മാരാണ് മഹാത്മാക്കൾ അത്തരം സാധനകൾ അനുസരിച്ച് ആ പദവിയിലെത്തുന്നവർ ഈശ്വരന്മാരാണ് ഈശ്വരൻ ഒന്നല്ല പലതുണ്ട് സത്യസങ്കല്പുള്ള മഹാത്മാക്കളെല്ലാം ഈശ്വരന്മാരാണ് സർവ്വൈശ്വര്യുക്തന്മാരാണ് അത്തരം വരുന്ന ആധ്യാത്മിക ഭാവങ്ങൾ ഒന്നും തന്നെ നിഷേധിക്കുന്നില്ല അതൊന്നും നിഷേധിച്ചുകൊണ്ടല്ലോ പറയുന്നു സത്യം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ വിദ്ധ്യെന്ന് പറയുമ്പോഴോ ആ വൈചിത്രങ്ങളെ നിഷേധിക്കുന്നുണ്ട് അത്ഭാഷിക്കാൻ അംഗീകരിക്കുന്നു അങ്ങനെയുള്ള യോഗികളുണ്ട് മഹാപുരുഷന്മാരുണ്ട് സത്യനിഷ്ഠന്മാരുണ്ട് സത്യസങ്കല്പന്മാരുണ്ട് സൃഷ്ടസ്ഥിതി സംഹാരം ചെയ്യുന്ന ഈശ്വര തുല്യന്മാരായ അതൊക്കെയുണ്ട് ലോകങ്ങളുമുണ്ട് അനുഭവങ്ങളുമുണ്ട് പക്ഷെ ഇതെല്ലാം എന്താണ് മനസ് പ്രത്യേകമാണ് സത്സത്യാത്മ പ്രതിബോധെതിരജ്ജ്വാ കല് സർപ്പാ സദാത്മ സ്വരുപതാ പ്രതിബദ്ധ്യത്തെ സദാത്മന സത്യ സത് സത്യാത്മപ്രതിബോധേവി സത്യാത്മപ്രതിബോധത്തിനും ഒരു ഉദാഹരണം പറയുന്നു രജ്ജു അമിവ കൽപ്പിത സർപ്പാദേഹ രജുവിൽ കൽപ്പിച്ച സർപ്പത്തെ പോലെ രജ്ജുവിൽ സർപ്പം എന്താണ് സദാത്മ സ്വരൂപതാമീവ അത് രജ്ജു തന്നെയാണ് രജുവിൽ കൽപ്പിച്ച സർപ്പവും രണ്ടാമതൊന്നുമില്ല രജ്ജു തന്നെയാണ് എന്നറക്കി അതും ശിലയും കല്പിച്ച ശില്പം പോലെയാണ് അവിടെ രണ്ടാമതൊന്നില്ല അതുപോലെ സസത്യാത്മ പ്രതിബോധേവി ആ സത്യാത്മ പ്രതിബോധം സത്സത്യാത്മ എന്ന് പറയുന്നത് എന്തുകൊണ്ട് സദൈവ സൗമ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ച തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ആ സദാത്മ സ്വരൂപതാമ്യോ പ്രതിബോധ സദാത്മ സ്വരൂപമാണോ ഇതി സദാത്മന സത്യവന്തി അതുകൊണ്ടെന്താണ് സർവവും സത്യം തന്നെയാണ് ഇങ്ങനെ സദ്രൂപത്തിൽ സത്രൂപത്തിൽ സ്വപ്നവും ജാഗ്രതയും ഈ ലോകങ്ങളും ബ്രഹ്മലോകം പോലെയുള്ള ലോകങ്ങളും സത്യയേവ ഭവന്തി ഈ ജാഗ്രത ലോകവും സത്യം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ജഗത്ത് ആ പരമാർത്ഥ സത്യം തന്നെയാണ് രണ്ടാമതൊന്ന് എന്താ Om Santhi Santhi Santhi. Om Santhi, Santhi, Santhi. Om Santhi, Om Santhi, Om Santhi.